narayana narayana naraye narayana narayana narayana narai narayana narayana narayana narayana narayana narayana naraya narayana narayana narayana narayana naraya naraya narayana narayana narayana narayana narayana narayana narayana narayan narayan narayana अंतरायति मिरूप शांतये पावनम ഗോവിന്ദമസീർത്തനം അന്തരായതിമൂപ്പാത്തനമചിന് വൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലഹം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ गुरुरात्मेति തസ്മൈ व्याप्त നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭി വ്യോമവ്യാപ്തേഹിമൂർത്തന്നാതിമധ്യം നി കരചരണം നാമ नामगोत्रं नसूत्रं ോ ജാതിർന്ന പുരുഷോ നസം സ്ത്രീ നൈവാരം നി ജനമരണസ്തി പുണയം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമാമി സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാര്യപര്യ വേ ഗുരുപരം പര മഹോനവ്യാഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടാവസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണമൂർത്തിമീടേ േവിഭാസകാതയേ ശാന്യ സാദിനേന്ദ്രസങ്കപവേ യോഗീന്ദ്രവ്യോഹധ്വാദിവാകരാ ഭഗവത്പാദിതിഭ്രേ തസ്മൈ ഭാഷ്യകോസ്തു സതത്ത പൂർണ്ണ ബോധാത്മനേ അപാരസിത്സു കരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗീരം ചിന്വിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധി നാഹം തത്തദാവുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവം ഭാവയു കു വരധിയ ദൃഷ്ടമനിഷ്ടത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചരശ പൂർണോ വിഭാതി केवलं ഹൃദയകുഹരമധ്യേ കെയലം महमिति ഹ്യഹമഹതി സാക്ഷാദാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിൻവ്ജതാ പവന भवत्वं റോത്മനിഷ്ടോഭവോണഭം സോമകലാവതം സമ്പാണിസ്ഫുരത് പ്രാണപ്രിം നൗമു പിന്നെ കോണത്രയസ്തം കൂലദൈവതം നരി ഓ ജന്മാദ്യന്വയാതി തരശ്ചാഷ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദി കവ മുഹ്യത്സൂനയ തേജോ വരിമൃദാ യഥാവിനിമയോ എത്രസർഗോ മൃഷാധാ സ്വേന സാസ്തുഹകം സത്യം പരം ധീമഹ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാം സതം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താവ ത്രമൂലം ശ്രീമദ്ഭാഗവത്തെ മഹാമുനിംവാ പരൈ ഈശ്വര സത്ോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രതി ശുശ്രൂഷിസ്ഥാണത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദൃതദ്രവ സംയുതം പബദഭാഗവതമാലയം മുഹുരഹോ രുവി ഭാവുക്ക ജന്തപേതമേതകൃത്യം ദ്വൈപാ വിരഹാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോഭി തുംതഹൃദയം മുനി ആനത്തുഭാവമിശ്രുതിസാരധ്യാത്മദീപം അതിഥിഥിർഷതോന്ധം പുരാണ ഗുഹ്യം വ്യാസസോനു മുപ്പുരു മുന സച്ചിന്ദ വിശ്വത്പതിഹേതേ താപത്രയ വിനാ ശ്രീകൃഷ്ണ വയ നു കൃഷ്ണ വാസുദേവാകീനന്ദന നന്ദഗോപകുമാരാവിന്മോ നമ നമു പങ്കജനഭയ നമ പങ്കജമാലിന് നമ പങ്കജ നേത്രയസ്തേ പങ്കജാഘ്രേ പീതംബരം കരവിരാജിതശംചക്ോദഗീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദസ ശം ഹൃതി ഭാവയാവിശ്യ മമവാചയിമാസുപത സഞ്ജീവയത്ല ശക്തിധരസ്വ അനാശ് ഹസ്തരണ്രവണത്ഗാദീൻപാണോ ഭഗവത്തെ പുരുഷാ ദഭ്യം ഗോവിന്ദനാമ സങ്കീർത്തനം ഈശ്വരപ്രാപ്തിക്കായിട്ട് മുഖ്യമായിട്ട് രണ്ടു തരത്തിലായിട്ട് രണ്ടു മാർഗങ്ങള് നമുക്ക് ലോകത്തിലെ കാണാം ഒന്ന് ഭക്തി മറ്റേത് ജ്ഞാനം ജ്ഞാനത്തില് ഏകാന്തത നിശ്ചലമായ ശ്രവണം ഒക്കെ ആന്തരികമാണ് ഭക്തിയില് ഭഗവാനെ ആരാധിക്ക സങ്കീർത്തനം ചെയ്യ സപ്താഹത്തില് പല വിധത്തിലുള്ള ആചരണങ്ങളും ഭക്തി സാധനയാണ് ക്രിയാകലാപ ഭക്തി ഭക്തിക്ക് അപ്പൊ ഇതൊക്കെ വേണം സങ്കീർത്തനം जपम स्वाध्यायम सदग्रंथ पारायण सप्ताह भक्ति मुख्यमंत्रे श्रुत अनुपटि ध्या आतृत वनुमोदिता सद्यपुनासर्मा ശ്വദ്രുഹോപിഹിയും കേൾക്കാം പഠിക്കാം ധ്യാനിക്കാം ഇതിനെല്ലാത്തിനേക്കാളും ആദൃത ഒന്ന് ആദരവ് ആ ആദരവാണ് ഭക്തിയുടെ ഏറ്റവും മുഖ്യമായ പഠി നമുക്ക് ഭഗവാനോട് ആദരവ് എവിടെയുണ്ടോ അവിടെ ഭഗവാൻ വരും നമ്മുടെ സപ്താഹത്തിലും വക്താവ് പൃച്ഛകൻ ശ്രോതാവ് മൂന്നുപേരാണ് ഒരു സപ്താഹ യജ്ഞം എന്ന് പറയുമ്പോ ഏറ്റവും മുഖ്യം വക്താവ് പറയണ ആള് ശ്രോതാവ് നിങ്ങള് ഇവര് രണ്ടു പേരും എല്ലായിടത്തും ഉണ്ടാവും സുഖബ്രഹ്മ മഹർഷിയും ഉണ്ടാവും ഭാഗവതം പഠിക്കുന്നവരും ഉണ്ടാവും പക്ഷെ ഒരു പരീക്ഷിത്തില്ലെങ്കിൽ ഭാഗവതം കിട്ടില്ല പരീക്ഷിത്താണ് ശ്രോ പൃച്ഛകൻ അതുപോലെ നമ്മളുടെ സപ്താഹം മുതലായിട്ടുള്ളതിലൊക്കെ ഇതിനായിട്ട് ഏർപ്പാട് ചെയ്യുന്നവര് അവരാണ് പൃച്ഛകര് നടത്തണം എന്ന് ചോദിക്കണവര് ആവശ്യപ്പെടുന്നവര് അപ്പൊ വക്താവും ശ്രോതാവും ഉണ്ടാവും പൃച്ഛകനുണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ യജ്ഞം അപ്പൊ നടത്തുന്നവർ നടത്തുന്നവരുടെ ഉത്സാഹം അവർക്കിതിനോടുള്ള ആദരവ് അതെല്ലാറ്റിനേക്കാളും മുഖ്യം നമുക്കതുണ്ടെങ്കിലേ യജ്ഞം മംഗളമാവുള്ളൂ പൂർണ്ണമാവുള്ളൂ നമുക്കിപ്പോ ഈ ഭാഗവത സപ്താഹം ഭാഗവതം തന്നെയാണ് നാരായണീയം ഭാഗവതം വേറെയല്ല നാരായണീയം വേറെയല്ല ഇത് നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം പാരായണം ഒരു മൂന്ന് ദശകം എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രഭാഷണം അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ദശകം അതിന്റെ പറയ പിന്നെ അതേപോലെ ഉച്ചയ്ക്കും ഒരാറ് ദശകം പാരായണം ചെയ്തിട്ട് പ്രഭാഷണം സാധാരണ ഭാഗവത സപ്താഹമാണ് അടുത്താറ് വളരെ വിരളമായിട്ട് നാരായണീയ സപ്താഹം എനിക്ക് തന്നെ ഞാനിതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് നാലഞ്ചു വർഷം മുമ്പ് ബോംബെയിലെവിടെയോ നാരായണീയം സപ്താഹുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്ര പരിചയമൊന്നും പോരാ ഭാഗവതം തന്നെയാണ് നാരായണിയും ഭാഗവതം തന്നെയാണ് മൂലം അപ്പൊ ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രഭാഷണം ഇവിടെ പാരായണം ആരംഭിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ആദ്യത്തെ ദശകം ഞാൻ വായിക്കാം സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിഗമശതഹസ്രേണ നിർമാന അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മത്താതി സാക്ഷാ ഗുരുപവന പുരേ ഹാഗ്യം ജന ബോധാത്മകമനുപമ കാധിഭ്യർമുക് നിഗമശതസഹസ്രേണ നിർമാനം അസ്പഷ്ടൃഷ്ടേ പുനഃ ഉരുപുരുഷാർത്മകം ബ്രഹ്മതാതി സാക്ഷാത് ഗുരുപവനപുരേ അന്ത്യം ജ दुर्लभ्य सुलभदया എന്നുർലഭ്യവസ്തൂന്യപ്പലഭതയാ ഹലബേയ തന്വാ ധിയാ ഭജതി ബതജന ക്ഷുദ്രതൈവ സ്ഫുടേ തവത്വയം സ്ഥിരതരമനസാ വിഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാ സ ംയ യോ നിലും തേന ഭൂതൈർഭൂത്തെ ബുരിതി ബഹുശ്യം തത്സ്വച്ചയച്ചാദിതപരസുഖചിത് ഗർഭനിർസ റൂപ്പം തസ്ൻ ധനമന്ത്തിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിഷംപേ നിരവധി പരമാനന്ദപീയൂഷ നിർലനേകമുക്താവലിസുഭകലബ്രഹസിന്ധൗ കല്ലോോല്യം വിമലതരം സ്പഹു തദത്മാ കസ്മാോ നിഷ്കളസ് സകലിതി വച്ചൂമൻ നിാഷണമജ ഭജസേയത് കിയാ ഈക്ഷണക്കോദീ പ്രകൃതിരസതി കൽപ്പി കൽതികളേ തുദ്ധമംശമതിരോധായകം സത്വം സൃത്യ ദമ വിഭവാകുണ്ഠവൈക്കു ൂപ തേ പ്രധാരാധരലിതകലാവലി കെളി കാരണയൈക്കാരം സുഹൃതി ജനദാ പൂർണ്ണ പുണിശലീലിം അമൃത സന്തസന്തോഹമന്ത്ഞ്ചത് സിന്തകാന വപുരനു കലയെ മാരുതഗാരനഥ കൃഷിചേറ്റാ ബഹുതരവേദാവ ജീവഭാജ പൂർവമാലോചിതം അജിതമയാമിജ നോ ചേവാ കഥം വധുരതരമുശിദ്രസാർദ്രേത്രൈശ്രോത്രൈ ശി ത് പരമരസസുധാഭോദിപൂരെ രമേരൻ तैहि अनभ्यर्तितान നമ്രാണ സിധത്സേ സതതമപര തൈ അനഭ്യത്തിപ്പർ കാനജസ്രതരസി പരമാനന്ദ്രശേഷരവധി ഫല പാരിജാ ഹരി ക്ഷുദ്രം തടീ ദ്രുമഭലി വ്യർമർവ്രജോയ കാരുണ്യാമമന്യതി ഖലു പരേ സ്വാത്മദ വിശേഷാ ഐശ്വരയാദീശത്തെ ജഗതി പരജനെ സ്വാത്മനോ വീശ്വരസ് ത്വ്യുചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്ഫിതപയാത്മാമ ഏവേലു ഗുണഗണാധാരശൌ നമസ്ത ീശ്വര വിയമനം വിശ്വത്തെജോഹരാണേജീ വിമലമപയശോ നിസ്പൃഹൈഷോപീത അംഗാ സങ്കാ ശ്രീരഖിളവിദസിന്വാ സർ തദ്വാസിന് മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീമദ് ഭാഗവതത്തില് പറയപ്പെടുന്ന വിഷയം എന്താണെന്ന് ഭാഗവതം തന്നെ ആരംഭിക്കുന്ന രണ്ടാമത്തെ ശ്ലോകത്തില് പ്രതിപാദിക്കുന്നു ധർമ്മോജ്ജിതകൈതവോത്ര പരമോ നിർമസരാം സതാ വേദ്യംപതം ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിപതം താപത്രമൂലം ഭഗവതത്തിലെ പ്രതിപാദ്യഷയം ധർമ്മം ധർമ്മം എന്ന് വെച്ചാൽ ലൗകികമായ ധർമ്മമല്ല പ്രോജിത കൈതവധർമ്മ ലോകത്തിൽ കാണുന്ന ധർമ്മമൊക്കെ കൈതവധർമ്മമാണെന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൈതവധർമ്മം കൈതവെന്ന് വെച്ചാൽ കപടം ഭാഗവിതത്തിൽ കാപട്യമില്ല കപടധർമ്മം എന്താന്ന് വെച്ചാൽ ഭക്തിയും ഒരു ധർമ്മമാണ് അപ്പൊ ഭക്തിയെ തന്നെയാണ് ഇവിടെ ധർമ്മപദം കൊണ്ട് പറയുന്നത് അപ്പൊ കാപട്യമില്ലാത്ത ധർമ്മം ച്ചാ കാപ്പ്യമില്ലാത്ത ഭക്തിയും കാപട്യ ഭക്തി എന്താണെന്ന് വെച്ചാൽ അമ്പത് വയസ്സയ്ക്ക് ഭഗവാൻ ഒരു വാഴ വാഴപ്പഴം വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് ഭഗവാനോട് ഒരു അമ്പത് ലക്ഷം ലോട്ടറി അടിക്കണമെന്ന് പ്രാർത്ഥിക്കും അതാണ് കപടധർമ്മം ആ ധർമ്മത്തിന് ഭാഗവതത്തിൽ സ്ഥാനമില്ല എന്നാണ് അതാണ് പ്രോജ്ജിതകൈത മഹാധർമ്മ ഒന്നും ആഗ്രഹിക്കാത്ത ഭക്തി ഭഗവാന്റെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രതിഫലം ഇച്ഛിക്കാത്ത ഭക്തിയാണ് അഹൈതവ ഭക്തി അഹൈതുകീ ഭക്തി എന്നൊക്കെ പറയണത് പ്രകർഷേണ ഉചിതം അതിനു പറഞ്ഞു മോക്ഷത്തിന് പോലും ഇച്ഛയില്ല മോക്ഷം പോലും ആശിക്കണില്ല ഭക്തിക്ക് വേണ്ടി ഭക്തി ഒരാശയുമില്ലാത്ത ഭക്തി അതാണ് ധർമ്മ പ്രോജിതോത്ര പരമോ നിർമ്മത്സരാണേദ്യം അത്രേന്ന് വെച്ചാൽ ഈ ഭാഗവതഗ്രന്ഥത്തിലർത്ഥം പരമഹാധർമ്മ പരമമായ ധർമ്മം മോക്ഷധർമ്മം ഭക്തിയാകുന്ന ധർമ്മം അതിനെ വേറെ ഒരു വിധത്തിലെ വ്യാഖ്യാനിച്ച് അഖണ്ഡാനന്ദ സ്വാമികൾ അത്ര പരമഹ എന്ന് വ്യാഖ്യാനിച്ചു അത്ര പരമഹ എന്ന് പറയാതെ അത്ര പരമഹ അത്ര പരമഹ എന്നൊറ്റവാക്ക് എന്ന് വെച്ചാൽ അത്രപാഹ രമന് അത്ര പരമ ത്രപ എന്ന് വെച്ചാൽ ലജ്ജ നാണം നാണം കെട്ടവരെന്നർത്ഥം നാണം കെട്ടവർക്ക് രുചിക്കണതാണ് ഈ ഭാഗവതം എന്നാണ് ആരായി നാണം കെട്ടവരെന്ന് വെച്ചാല് അവധൂതന്മാരും യാതൊരു ലജ്ജയില്ലാതെ ശരീരാഭിമാനമില്ലാതെ മാനാപമാനമൊന്നുമില്ലാതെ ഭഗവാൻ മാത്രം ഗതിയായിട്ട് ഭഗവാനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് വസ്ത്രം പോലും ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് അവരെ അത്രപാഹ എന്ന് വിളിച്ചു ലജ്ജയില്ലാത്തവരുണ്ട് അവർക്ക് ലോകധർമ്മം ഒന്നുമില്ല ലൗകികധർമ്മത്തിനെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ ത്രപയില്ലാതെ നടക്കുന്നവര് രമിക്കുന്ന പുസ്തകമായതുകൊണ്ട് അത്രപരമഹ ലജ്ജയില്ലാത്തവര് രമിക്കുന്നത് കൊണ്ട് ഭക്തിക്ക് അത്രപരമം എന്ന് പേരും അതാണ് ലജ്ജ വിട്ട് ഗാനം ചെയ്യ നാമസങ്കീർത്തനം ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭാഗവതം വഴിച്ചിരിക്കുന്ന പ്രോജിതൈതോത്രപരമോ നിർമത്സരാണാം സതാം വ്യത്യം പിന്നെ ഭക്തിക്ക് എന്താണ് അടിപ്പടി ജ്ഞാനത്തിനും ഭക്തിക്കും ഒരു വ്യത്യാസമുണ്ട് ജ്ഞാനത്തിനും ഭക്തിക്കും ഒരു വ്യത്യാസം എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് രാമകൃഷ്ണ പരമവംശരുടെ ഭക്തന്മാരെ ഒന്നും കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കഥ വായിച്ചിട്ടുണ്ടാവും ശ്രീരാമകൃഷ്ണദേവൻ ഭക്തിയെ പ്രമുഖമായി കാണിച്ചിരുന്നു ഭക്തി സാധനയ്ക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നു അതുകൊണ്ട് രാമകൃഷ്ണ പരമവംസരുടെ ശിഷ്യന്മാരൊക്കെ നോക്കിയാൽ എല്ലാവരും പരസ്പരം ചേർന്നും കൂടെ ചേർന്ന് സഹോദരന്മാരെ പോലെയും കൂട്ടുകാരെ പോലെയും ചേർന്ന് രമിച്ച് പ്രിയത്തോടുകൂടെ പരസ്പരം നമസ്കരിച്ചും അങ്ങനെയൊക്കെയാണ് രാമകൃഷ്ണദേവന്റെ എല്ലാ ശിഷ്യന്മാർ ഭക്തിയില് മാത്സര്യത്തിന് സ്ഥാനമേ ഇല്ല ചേർന്നു പോവാ സമൂഹത്തിലെ എല്ലാവർക്കും പറ്റുന്ന ഒരു മാർഗം ഭക്തി അതുകൊണ്ടാണ് ഭക്തി പ്രചരിപ്പിക്കണം ജ്ഞാനത്തിനെ പ്രചരിപ്പിക്കാൻ പാടില്ല ജ്ഞാനം പ്രചരിപ്പിക്കാൻ പാടില്ല പറയാം അത് കേൾക്കണവർ കേൾക്കട്ടെ അറിയണവരറിയട്ടെ അനുഭവിക്കണവർ അനുഭവിക്കട്ടെ പ്രചരിപ്പിക്ക എന്നുള്ളത് ഭക്തിക്കുള്ളതാണ് അതുകൊണ്ട് ഭക്തിക്ക് കുറച്ച് ആഡംബരമൊക്കെ ആവാം ജ്ഞാനത്തിന് ആഡംബരത്തിനൊന്നും സ്ഥാനമില്ല ജ്ഞാനം തന്നം തനിയാണ് എപ്പോഴും തനിച്ചാണ് ഭക്തിയിൽ തനിച്ചെന്നുള്ള ഏർപ്പാടേ ഇല്ല കൂട്ടം ചേർന്നിട്ടേ ഉള്ളൂ ഭക്തി എന്ന് പറയുമ്പോൾ കൂട്ടം ചേർന്നിട്ടേ ഉള്ളൂ സങ്കീർത്തനം എന്ന് പറയുമ്പോ നാലുപേര് ചേർന്നിട്ടേ ഉള്ളൂ ഭഗവത് കഥാന്ന് പറയുമ്പോൾ തനിയേ ഇരുന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഒരു ഭാഗവതല്ലേ ഭാഗവതം പറഞ്ഞു ഇപ്പൊ ഭാഗവതർ ഭാഗവതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭാഗവതരോട് ചോദിച്ചു ആരൊക്കെ ഉണ്ടായിരുന്നു എത്ര ആളുണ്ടായിരുന്നു ഭാഗവതം കേൾക്കാൻ ഭാഗവതർ പറഞ്ഞു ഞാനും ഉണ്ടായിരുന്നു നരസിംഹത്തിന്റെ അമ്മയോ ഉണ്ടായിരുന്നു ആരാ നരസിംഹത്തിന്റെ അമ്മ എന്ന് വെച്ചാൽ തൂണ് അങ്ങനെയാണെങ്കിൽ ഭക്തിക്ക് എന്ത് രുചി അല്ലേ ഭക്തിക്ക് എപ്പോഴും രുചി എന്താന്ന് വെച്ചാൽ പറയണ ആള് രസിച്ചു പറയണം കേൾക്കണവരെ രസിച്ചു കേൾക്കണം എന്തിനും തയ്യാറായിട്ട് സപ്താഹം വിജയിക്കണമെങ്കിൽ എന്തിനും തയ്യാറായിട്ട് ഇവിടെ കുറെ ആളുകൾ ഉണ്ടാവണം എപ്പോഴും യജ്ഞത്തിന് അതാണ് ഏറ്റവും മുഖ്യം അല്ലാതെ എങ്ങനെ ആരോ പറയണോ പറയട്ടെ നമുക്കട്ടെ ഒന്നിനും ആളില്ല എന്ന് വെച്ചാൽ ശരിയാവില്ല അപ്പൊ യജ്ഞത്തിന് എല്ലാം ഏർപ്പാട് ചെയ്യാനും പറയാനും കേൾക്കാനും ഒക്കെ ഒരേപോലെ ഉത്സാഹത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്നാലേ യജ്ഞം ഫലിക്കുന്നു അപ്പൊ ഭക്തിയില് മാത്സര്യമില്ലാതെ യാതൊരു പരസ്പരം ആത്സര്യം ഇല്ലാതെ ഐക്യത്തോടുകൂടെ ധാരാളം പേര് ചേർന്ന് ആസ്വദിക്കണത് കൊണ്ടാണ് നിർമ്മത്സരാണോ അവിടെ മാത്സര്യത്തിനെ സ്ഥാനം ഇല്ല ഭാഗവതം പറയുമ്പോഴോ നാരായണിയും പഠിക്കുമ്പോഴോ സ്കൂളില് പഠിക്കുമ്പോഴാണെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെക്കാളും കൂടുതൽ വേണമെന്നുണ്ടാവും ഭക്തിയിൽ അതിന് സ്ഥാനം നമ്മളെക്കാളും ആരെങ്കിലും മുമ്പിൽ പോയാൽ സന്തോഷിച്ചോളാം നമ്മളെക്കാളും ആരെങ്കിലും കൂടുതൽ വായിച്ചാൽ സന്തോഷിച്ചോളൂ പഠിച്ചാൽ സന്തോഷിച്ചോളൂ ഭക്തിയില് സന്തോഷത്തിനേ സ്ഥാനമുള്ളൂ എന്നല്ലാതെ സന്താപത്തിന് സ്ഥാനമേ ഇല്ല ഇപ്പൊ നിർമ്മത്സരാണം അങ്ങനെയാണെങ്കില് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരുടെ കൂടെ ജഗത്തിന് മുഴുവൻ അധിഷ്ഠാനവായ സർവേശ്വരൻ കൂടെ വന്നിരിക്കും ഭഗവാൻ പറയും നമ്മൾ ഇവിടെ കുറെ ബെഞ്ചിരിക്കുമ്പോ മുമ്പില് എന്നുവെച്ചാല് മുമ്പിൽ ഇരിക്കണ്ടാന്നല്ല അർത്ഥം മുമ്പിൽ വന്നിരിക്കണം പക്ഷെ ലോകത്തില് നേടിയെടുക്കേണ്ട കാര്യത്തിൽ പുറകെ പോയിരുന്നാൽ ഭഗവാൻ പറയും ഞാൻ എൻ്റെ കൂടെ ഉണ്ടോ വന്നിരിക്കും എത്ര കണ്ടും മത്സരമുണ്ടോ എത്ര കണ്ടും ആത്സര്യ ബുദ്ധിയുണ്ടോ ചിലർക്കുണ്ട് സപ്താഹത്തില് അവരവർക്ക് സീറ്റിട്ട് വെച്ചിട്ടുണ്ടാവും അതിൽ വേറെ ആരെങ്കിലും വന്നിരുന്നു അപ്പൊ കഴിഞ്ഞു അതിൽ ആരെങ്കിലുമൊക്കെ വന്നിരുന്നാൽ സന്തോഷിച്ചോളാം നിർമത്സരാണാം സതാം വേദ്യം ഭാഗവതമൊക്കെ നല്ലവണ്ണം വായിക്കും പക്ഷെ അവിടെ മാത്സര്യം വന്നു ആ മാധര്യം ഒന്നുമില്ല അത് ഇതൊക്കെയാണ് ബേസിക്കേ ഗുരുവായൂരപ്പനൊക്കെ പിന്നെ അവിടെ നിൽക്കും അത് ഇതൊക്കെ ആയാ ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ട് പോകും നമ്മളെ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം വാസ്തവമായ വസ്തു ഭഗവാനെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞാൽ വസ്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പുരുഷൻ എന്ന് പറഞ്ഞില്ല സ്ത്രീ എന്ന് പറഞ്ഞില്ല വസ്തു വസ്തു എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രം ബാക്കിയുള്ളതൊക്കെ അവസ്തു വസ്തു എന്ന് വെച്ചാൽ ഉള്ളതെന്നർത്ഥം എന്തുണ്ടോ അതിനെ വസ്തു എന്ന് പറയും എന്തില്ലയോ അത് അവസ്തു അപ്പൊ ഭഗവാൻ മാത്രം വസ്തു വാസ്തവമായ വസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ പോണമെന്നാണ് വാസ്തവമത്ര വസ്തു ഈ വസ്തുവിനെ അറിഞ്ഞാൽ എന്താ പ്രയോജനം ശിവദം ശിവം എന്ന് വെച്ചാൽ മംഗളം ശാന്തി ശാന്തിയാണ് ശിവം ശാന്തിയെ കിട്ടും ശാന്തിയാണ് ആനന്ദം നമ്മളിപ്പോ ആനന്ദം എന്ന് പറയണ്ടല്ലോ ആനന്ദംന്ന് വെച്ചാൽ തുള്ളിച്ചാടലൊന്നുമല്ല ആനന്ദം എന്ന് വെച്ചാൽ ഒരു വികാര അനുഭവമല്ല വികാരാനുഭവം സുഖം ദുഃഖം എന്നുള്ളതും വികാരാനുഭവം ഇത് രണ്ടും വികാരത്തിന്റെ തലത്തിലാണ് സുഖിക്കുമ്പോഴും വികാരമുണ്ട് ദുഃഖിക്കുമ്പോഴും വികാരമുണ്ട് വികാരത്തിന്റെ ലേശസ്പർശമില്ലാതെ ഏർപ്പെടുന്ന ഒരു നിർവൃത്തി ശാന്തിയാണ് ബാക്കിയൊക്കെ നോക്കിക്കൊള്ളാ വന്നിട്ട് പോകും ദുഃഖം വന്നിട്ട് പോകുമ്പോ ബാക്കി നിൽക്കുന്നത് എന്താണ് ശാന്തി സുഖം വന്നിട്ട് പോകുമ്പോഴും ബാക്കി നിൽക്കുന്നത് എന്താണ് ശാന്തി ശാന്തിയാണ് ശാശ്വതമായ അനുഭവം മനസ്സിന്റെ സ്പർശമേൽക്കാതെ മനസ്സിന്റെ വികാരമില്ലാതെ ഏർപ്പെടുന്ന ഒരേ ഒരു അനുഭവം ശാന്തി മാത്രം ആ ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപമാണ് അതാണ് വാസ്തവമത്ര വസ്തുശിവതം ശാന്തിയെയാണ് ആഗ്രഹിക്കുന്നത് വികാരത്തിനെയല്ല വികാരങ്ങളൊക്കെ വന്നിട്ട് പോകും വികാരങ്ങളൊക്കെ വന്നിട്ട് പോകുമ്പോൾ ദുഃഖവും ഉണ്ടാക്കും ശാന്തി ഒരിക്കലും ചലിക്കാതെ നിൽക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഭക്തിയുടെ പരമ കാഷ്ഠ ഭാഗവതം പറയണത് ഭക്തി സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് സങ്കീർത്തനാദികളൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ തഥ പരാം ശാന്തി മുപയത്തി സാക്ഷാത് പരമമായ ശാന്തി ഈ ജീവൻ ഉണ്ടാവുന്നു ഇനി ചലിക്കാത്ത ശാന്തി ഇനി ആ ശാന്തി വന്ന് പോണ ഒരു പരിപാടി ഇല്ല കുറച്ച് ശാന്തി ഉണ്ടായി പിന്നെ ദുഃഖമുണ്ടായി എന്നില്ല ആ ശാന്തി നിലച്ചു നിൽക്കുന്ന ശാന്തി ആ ശാന്തി തന്നെയാണ് ശരണാഗതി അത് തന്നെയാണ് ഭക്തിയുടെ പരമ കാഷ്ടം അപ്പോ വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം മൂന്ന് താപങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ബട്ടതിന് ഈ ഒരു താപത്തിലാണ് തുടങ്ങാൻ പോണത് മൂന്ന് താപം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വ്യാവഹാരികമായിട്ടുള്ള താപം ഞാൻ ഇപ്പൊ ആധ്യാത്മികം ആധിഭൗതികം ആധി ദൈവികം എന്നുള്ളത് പറയില്ല കാരണം അത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയാത്തൊരു ഭാഷ നമുക്ക് അറിയണ ഭാഷയിൽ പറഞ്ഞാൽ വ്യാവഹാരികമായ താപം വ്യവഹാരത്തിൽ പല ബുദ്ധിമുട്ട് ലോകത്തില് പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഗവൺമെന്റിന്റെ ബുദ്ധിമുട്ട് കുടുംബത്തിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമുക്ക് പുറത്തുള്ള ദുഃഖം രണ്ട് ശരീരത്തിലുള്ള ദുഃഖം വ്യാധിയായിട്ട് ശരീരത്തിൽ വരുന്ന ദുഃഖം മൂന്ന് സൂക്ഷ്മമായി മനസ്സിലേർപ്പെടുന്ന കാമം കോപം രാഗം ദ്വേഷം മുതലായിട്ടുള്ള ദുഃഖം ഇതാണ് മൂന്ന് താപങ്ങൾ എളുപ്പത്തിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ നോക്ക ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ ഒന്ന് ലോകത്തിലെ നമ്മളിൽ നിന്നും പുറത്ത് നിന്ന് ദുഃഖം രണ്ട് നമ്മളുടെ ശരീരം തന്നെ നമുക്ക് തരുന്ന ദുഃഖം മൂന്ന് മനസ്സുണ്ടാക്കുന്ന ദുഃഖം രാഗം ദ്വേഷം കാമം ക്രോധം അസൂയ മാസര്യം മുതലായിട്ടുള്ള ദുഃഖം ഈ മൂന്നെണ്ണത്തിനെയും ഉന്മൂലനം താപത്രയ ഉന്മൂലനം വ്യാവഹാരികമായി ദുഃഖവും ഭഗവാൻ ശരണാഗതി ചെയ്താൽ പോകും ഈ മൂന്നും ഭാഗവതത്തിൽ പല സ്ഥലത്തായിട്ട് വരും ഇത് മൂന്നും മായയുടെ പിടിയിലുള്ളത്തോളം നമ്മളെ വിട്ടുപോവില്ല അതാണ് കർമ്മക്രിയ ദ്രവ്യക്രിയാ കാരക വിഭ്രമോർമ്മയെ ഭഗവാനെ കുറിച്ച് ഭാഗവതം പറയുന്ന ഒരു ഒരു വിശേഷണമാണ് ദ്രവ്യക്രിയാകാരക വിഭ്രമം ദ്രവ്യം എന്ന് വെച്ചാൽ പുറമേക്കുള്ള വസ്തുക്കൾ ക്രിയാ എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം കാരകം സൂക്ഷ്മമായി മനസ്സിലുള്ള കർത്തൃത്വഭാവം അഹങ്കാരം ഇത് മൂന്നുമാണ് സംസാരമാവുന്ന സമുദ്രത്തിലുള്ള അലകള് പുറമേക്കുള്ള ദ്രവ്യവും ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മവും സൂക്ഷ്മമായി മനസ്സിലുള്ള അഹങ്കാരവും ഈ മൂന്നെണ്ണമാണ് സംസാ മായ സമുദ്രത്തിലുള്ള അലകള് ഇത് മൂന്ന് ശമിച്ചാൽ സംസാരം അടങ്ങി ബ്രഹ്മമേ ഉള്ളൂ പിന്നെ പിന്നെ സംസാരമില്ല അപ്പൊ താപത്രയ ഉം ദ്രവ്യം കൊണ്ട് എന്ന് വെച്ചാൽ ലോകത്തിൽ കൊണ്ട് കർമ്മ ക്രിയ എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് കാരകം എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഈ മൂന്ന് താപവും പ്രപഞ്ചത്തിന് കാണപ്പെടുന്ന വസ്തുക്കളൊന്നും ശാശ്വതമല്ല എന്നറിഞ്ഞാൽ ലോകത്തിലുള്ള എന്തു വസ്തു നഷ്ടപ്പെട്ടാലും നമ്മൾ ദുഃഖിക്കില്ല ശരീരം ഞാനല്ല എന്നറിഞ്ഞാൽ ശരീരത്തിന് വ്യാധി ഉണ്ടായാലും ഒരുപക്ഷെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ദുഃഖിക്കില്ല ശാശ്വതമായ പരിഹാരമാണ് ശരീരം ഞാനല്ല ശരീരം എന്റെ അല്ല ശരീരം എനിക്ക് വേണ്ടിയല്ല ഇത് മൂന്നും അറിയണം ഇല്ലെങ്കിൽ പിന്നെ ഒരു ശാസ്ത്രവും പ്രയോജനപ്പെടില്ല അതാണ് ഭട്ടതിരി ആദ്യമൊക്കെ പ്രാർത്ഥിച്ച ഭട്ടതിരി അവസാനം ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഹി ഹീ മേ ദേഹമോഹം ഗജപുവന പുരാധീശൻ യത് പ്രേമ ഹേതോ ഗേഹേ വിത്തെ കളത്രാദിഷു വിവശിതാ വിസ്മരന്തി ആദ്യം ശരീരം താനാണെന്നുള്ള ധാരണ അതാണ് ദുഃഖത്തിന് കാരണം പിന്നെ ശരീരം എന്റെ ആണോ പിന്നെ ശരീരം എനിക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ശരീരം നമുക്ക് വേണ്ടിയുള്ളതൊന്നും അല്ല ശരീരം പ്രകൃതിയുടെ സ്വത്താണ് പ്രകൃതി ഉണ്ടാക്കിയതാണ് പ്രകൃതി പോഷിപ്പിക്കണതാണ് പ്രകൃതി നശിപ്പിക്കണതാണ് പ്രകൃതിയുടെ ഒരു അംശമാണ് പുറത്ത്വിടെ നിൽക്കുന്ന ആലുമരം പോലെയോ തെങ്ങ് പോലെയോ ഉള്ള ഒരു സാധനമാണ് ശരീരം ആ തെങ്ങിനെയോ ആലിനെയോ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ഈ ശരീരത്തിനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് വ്യാധി വരാതെ നോക്കാൻ പറ്റില്ല എത്ര സയൻസ് പ്രോഗ്രസ് ആവട്ടെ എന്തൊക്കെ തന്നെ ആവട്ടെ ശരീരത്തിന് വ്യാധി വരും ദുഃഖം വരും എല്ലാം വരും അപ്പൊ ശാരീരികമായ ദുഃഖം മൂന്ന് സൂക്ഷ്മമായി മനസ്സിൽ കിടക്കുന്ന രാഗം ദ്വേഷം കാമം ക്രോധം മുതലായിട്ടുള്ള ദുഃഖം ഈ മൂന്നെണ്ണവും എപ്പോ ഉന്മൂലനം ചെയ്യപ്പെടുന്നുവോ ഇല്ലാതാക്കപ്പെടുന്നുവോ അപ്പൊ സംസാര ദുഃഖം എന്ന് പറയുന്നത് ശമിച്ചു അതാണ് താപത്രയ ഉന്മൂലനം ശ്രീമദ് ഭാഗവതെ അപ്പൊ ഇതിനെന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് സാധന ചെയ്യണം ഈ മൂന്ന് ദുഃഖവും എല്ലാവർക്കും അറിയാം ഇതേ ഉള്ളൂ ലോകത്തിൽ ദുഃഖം എന്ന് പറയാം ഇപ്പൊ ഇതങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് സാധനയാ ചെയ്യേണ്ടതൊക്കെ പറയൂ പ്രാണായാമം ചെയ്യണോ അല്ല ജപം ചെയ്യണോ അല്ല ശീർഷാസനം ചെയ്യണോ അല്ല ഞങ്ങള് എത്ര പണം ദാനം ചെയ്യണം എന്ത് വഴിപാട് ചെയ്യണം ഏത് തീർത്ഥത്തിൽ പോയിട്ട് കുളിക്കുകയും ജപിക്കുകയൊക്കെ വേണം അതായത് നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഫലം കിട്ടാം അതാണ് അനുഭവം ജന്മജന്മമായിട്ട് ഉള്ള അനുഭവം എന്താന്ന് വെച്ചാൽ ചെയ്യാം കിട്ടാം ഇങ്ങനെയുള്ളവരെ ഭാഗവതം കൊടുത്തിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഭാഗവതത്തിൽ കൃപണ വസുദേവർ പറയണു നാരദരോട് നാരദരേ ഞങ്ങൾ കൃപണന്മാര് എന്താന്ന് വെച്ചാൽ കൃ പ കൃ പ ഞങ്ങൾക്കിതേ അറിയുള്ളൂ കൃ എന്ന് വെച്ചാൽ ചെയ്യാം പെച്ചാൽ കിട്ട കൃ പ ഇതേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഈ ഒരു ചക്രത്തിനുള്ളിലാണ് പെട്ടുകിടക്കുന്നത് ചെയ്യുകയും നേടുകയും ചെയ്യുകയും അനുഭവിക്കുകയും അപ്പോ ഇതേ ബുദ്ധിവെച്ചുകൊണ്ട് തന്നെ നമ്മളും ചോദിക്കും ഭഗവാനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് ഋഷീശ്വരന്മാരൊക്കെ പറയണത് ചെയ്യണത് കൊണ്ട് ഭഗവാനെ കിട്ടില്ല പിന്നെ ഭഗവാനെങ്ങനെ കിട്ടും ചെയ്യാതെ ഇരിക്കും അപ്പൊ കിട്ടും ഈ ചെയ്യണതൊന്ന് നിർത്താം ചെയ്ത് ചെയ്തിട്ടാണ് ഭഗവാനിൽ നിന്ന് അകന്നകന്നകന്ന് പോയിരിക്കണം ഇനി കുറച്ച് ചെയ്യാതെ ഇരുന്ന് പഠിക്കും ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം ശ്വാസം വിടാതിരിക്കാൻ പറ്റുമോ മനസ്സിൽ ചിത്തവൃത്തികൾ പൊന്താതിരിക്കാൻ പറ്റുമോ ഒക്കെ ചെയ്യലാണ് ശരീരം ചലിക്കുന്നത് ചെയ്യലാണ് അപ്പൊ ഞാൻ ഇരുന്ന് നിങ്ങളിരുന്ന് കേൾക്കണത് ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊന്ന് ഞാനാണ് ചെയ്യണത് എന്നുള്ള ഭാവം പോയാൽ മതി ഇതൊന്നും ഞാനല്ല ചെയ്യണത് പ്രകൃതി ചെയ്യണോ ഈശ്വരൻ ചെയ്യണു ആ സർവേശ്വരൻ പ്രവർത്തിക്കണോ ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ളത് അറിഞ്ഞാൽ മതി അറിഞ്ഞാൽ ചെയ്യണില്ല എന്നുള്ളത് ഉറയ്ക്കും ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം മാത്രം അർജുനനെ ഭഗവാൻ ഇതാണല്ലോ ബോധിപ്പിച്ചത് നിമിത്തമാത്രം വെറും ഒരു യന്ത്രം നിമിത്തമാത്രം ഭവസവ്യസാച്യം ഇതറിഞ്ഞാൽ സകല ദുഃഖങ്ങളും അസ്തമിച്ചു അപ്പൊ അതിന് ആ ഒരു ബോധം ഉദിക്കാൻ എന്ത് വേണം പിന്നെയും അതാണോ ചോദിക്കാൻ നമ്മൾ ആ ബോധം മറന്നു മറന്നു പോകണമല്ലോ ചിലപ്പോഴൊക്കെ തോന്നണു ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ഒക്കെ അത് നല്ലവണ്ണം ഉറയ്ക്കാൻ എന്ത് വേണം എന്ന് വെച്ചാൽ ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാ പരൈഹി വേറെ ഒന്നും ചെയ്യേണ്ട ബാക്കിയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം ഇത്രകാലം പരീക്ഷിച്ചില്ലേ ഒക്കെ പരാജയമാണ് ഈ യോഗസാധനകൾ യോഗസാധനകൾ പോലും പരാജയമാണ് ഉദ്ധവന് ഭാഗവതത്തിൽ അവസാനം ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ദൃശ്യതേ യോഗിനായശ പുണ്ഡരീകാക്ഷ യോഗിനോ യുഞ്ചതോ മനഃ വിശീദന്തി അസമാധാനാത് മനോനിഗ്രഹകർഷിതാണ് പറയണത് ഭഗവാനെ യോഗസാധനകൾ പോലും ആളുകളെ രക്ഷിക്കണതായിട്ടൊന്നും കാണണില്ല ഞങ്ങൾ യോഗികളാണ് ഞങ്ങൾ സാധന ചെയ്യണോ എന്നൊക്കെ അവർക്കും തോന്നണം അവരും മനസ്സിന്റെ പിടിയിൽപ്പെട്ട് വലയണതായിട്ട് കാണുന്നു അപ്പൊ എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ ശ്രീപദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പറി സദ്യോഹൃതി അപരുദ്ധ്യത്തെ ഈശ്വരൻ ഹൃദയത്തില് അപ്പ പ്രകാശിക്കും എളുപ്പത്തിൽ പ്രകാശിക്കും എങ്ങനെയാന്ന് വെച്ചാൽ ശുശ്രൂഷിസ്തക്ഷണാഥ്രവണ മാത്രം കൊണ്ട് ശ്രവണം മാത്രം മതി പ്രായോഗികമായ ഭക്തിസാധന എന്താന്ന് വെച്ചാൽ ശ്രവണം ഏറ്റവും സൂക്ഷ്മമായി ഇന്ദ്രിയ വ്യാപാരമാണ് ശ്രവണം ബാക്കിയൊക്കെ സ്ഥൂല വ്യാപാരങ്ങളാണ് ശബ്ദം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മം ആകാശത്തിന്റെ സ്വരൂപമാണ് അതുകൊണ്ട് ശ്രവണം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മ വ്യാപാരം അതുകൊണ്ടാണ് ബ്രഹ്മത്തിനെ അറിയണമെങ്കിൽ ശ്രവണം കൊണ്ടേ പറ്റുള്ളൂ പരമാത്മാവിനെ അറിയണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ സദ്യോഹൃതി അവരുദ്ധ്യത്തെ ആ ക്ഷണത്തിൽ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും ശുശ്രൂഷിബിതക്ഷണാത് ശുശ്രൂഷി ശ്രോതും ഇച്ഛുബിഹി കേൾക്കേണ്ട മാത്രത്തിൽ ഭാഗവതം കേൾക്കണം ാരായണീയം കേൾക്കണം എന്ന് ഒരു ഇച്ഛ ഉണ്ടെങ്കിൽ പോലും പ്രകാശിക്കും എന്നാണ് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലരെയൊക്കെ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പൂട്ടിയിടും ഗോപസ്ത്രീകളെ പറഞ്ഞ പോലെ എപ്പൊ നോക്കിയാലും ഭാഗവതം നാരായണി എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അനങ്ങാൻ പാടില്ല വീട്ടെന്നു പറഞ്ഞ് ചിലപ്പോ ഓർഡർ ഭർത്താക്കന്മാരോ അച്ഛന്മാരോ അമ്മമാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ടാ ഭാഗവതം കേൾക്കാൻ പറ്റിയില്ലല്ലോ ഭാഗവതം കേൾക്കാൻ പറ്റിയില്ലല്ലോ അവിടെ എന്തൊക്കെ പറയുന്നുണ്ടാവും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ടാവുമല്ലോ അത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ ഇങ്ങനെ മനസ്സ് അനുസന്ധാനം ചെയ്ത് ചെയ്ത് ചെയ്ത് സപ്താഹ ശ്രവണം ഉണ്ടാവും അവിടെ തന്നെ പക്ഷെ ചിലരെ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും സപ്താഹത്തിന് വന്നിരുന്നതിന് വേണ്ടി കിടന്നില്ല എന്തൊക്കെയോ പറയണോ നമുക്കുള്ളതൊന്നും അല്ല ഇത് നമുക്കിതൊന്നും വേണ്ട വേണ്ടി കിടന്നില്ല ഇതേ മനസ്സിൽ അവിടെ ഇന്ന് വീട്ടിലിരുന്നു എങ്കിൽ എന്തൊക്കെ സീരിയലൊക്കെ കാണായിരുന്നു ഇവിടെ ഇരുന്നിട്ട് ടി വി കാണും മനസ്സുണ്ട് അപ്പോ ശുശ്രൂഷിബിസ്തക്ഷണ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞു കേൾക്കണം എന്ന് പോലും കേൾക്കണം എന്ന് തീവ്രമായി ദാഹിക്കണവർക്ക് പോലും കിട്ടും എന്നാണ് ശുശ്രൂഷിബിസ്തക്ഷണാത് നിഗമകൽപ്പതോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിപദ ഭാഗവതം പിബദ ഭാഗവതം രസം ആലയം പിബത ഭാഗവതം രസം മുഹുരഹോ പിബദ ഭാഗവതം രസം രസിക്കിബദ ഭാഗവതം രസം ഭുവിഗവതം രസം രസിക്കുവിഗമകൾ പരോർഗളിതം ഫലം വേദമാവുന്ന വൃക്ഷം വൃക്ഷത്തിൽ ധാരാളം പഴമുണ്ട് ജ്ഞാനത്തിൻ്റെ പഴമുണ്ട് ഭക്തിയുടെ പഴമുണ്ട് യോഗത്തിൻ്റെ പഴമുണ്ട് തന്ത്രത്തിൻ്റെ പഴമുണ്ട് സാങ്ക്യത്തിൻ്റെ പഴമുണ്ട് വൈശേഷികത്തിൻ്റെ പഴമുണ്ട് തർക്കത്തിൻ്റെ പഴമുണ്ട് നാസ്തികത്തിൻ്റെ പഴമുണ്ട് എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ട് അവരവർ പോയി കൈനീട്ടി എന്ത് ചോദിക്കണോ അതിപ്പോഴും വീഴും ഒരാൾ പോയി പറഞ്ഞു എനിക്ക് വിശിഷ്ടാദ്വൈതം വേണമെന്ന് പറഞ്ഞു വിശിഷ്ടാദ്വൈതത്തിന്റെ പഴം വേണു ഒരാൾ പോയി എനിക്ക് ദ്വൈതത്തിന്റെ പഴം വേണമെന്ന് പറഞ്ഞു ദ്വൈതത്തിന്റെ പഴം വേണു ഒരാൾ പോയി എനിക്ക് അദ്വൈതത്തിന്റെ പഴം വേണം പറഞ്ഞു ഗളിതം ഫലം കയ്യിൽ അദ്വൈതത്തിന്റെ പഴം വേണം ഇങ്ങനെ പലരും പല പഴം പറഞ്ഞപ്പോ ശ്രീശുഖബ്രഹ്മ മഹർഷി ആ വൃക്ഷത്തിന്റെ ചോട്ടിൽ പോയി നിന്നിട്ട് പറഞ്ഞു ഏ വൃക്ഷമേ എനിക്ക് അറിയില്ല ഏതാ നല്ല പഴം എന്ന് അതുകൊണ്ട് ഏറ്റവും നല്ല മധുരമായ പഴം ഏതാണെന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ തരുക എന്ന് പറഞ്ഞു കണ്ട് കൈ നീട്ടിയപ്പോ നിഗമകൽപ്പതറൂർ ഗളിതം ഫലം അവിടെ പോയിട്ട് കൈ നീട്ടിയപ്പോ അവിടുന്ന് ഒരു പഴം വേണം അത് സുഖമുഖാത് ശുഖാചാര്യന് തത്ത കൊത്തിയ പഴം തത്തകൊത്തിയ പഴം അതിന് മാധുര്യം കൂടും അതിന് മാധുര്യം കൂടും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് പുളിച്ചതാണോ പഴുത്തതാണോ മധുരമുണ്ടോ നല്ലതോ കേടുവെന്നതോ അറിയില്ല കാണുമ്പോ ചിലപ്പോൾ നല്ലതായിരിക്കും ഇല്ലേ എപ്പോഴൊക്കെ പഴമൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വരുന്നത് കണ്ട സ്വർണം പോലെ ഉണ്ടാകും വായി വെക്കാൻ കൊള്ളില്ല വില മാത്രം കൊടുക്കണം അപ്പൊ അങ്ങനെയില്ല ഇത് നിഗമകൽപതരൂർ ഫലം മുഖ അത് ശുഖം എന്ന് വെച്ചാൽ തത്താം ഇതെങ്ങനെയുള്ള വെച്ചാൽ വേദവിഹംഗം ഭിക്ഷുചര്യന്തി ഭ്രമരഗീതത്തില് ഗോപികകൾ പറഞ്ഞു ഈ ഭാഗവതമാവുന്ന രസം കുടിച്ചിട്ട് എത്രയോ പക്ഷികൾ കൂടുപൊട്ടിച്ച് ആകാശത്തിൽ പറന്നു നടക്കണമെന്ന് ഭിക്ഷുക്കളായിട്ട് നടക്കണം അതുപോലെ അനന്തമായ ഭഗവാനാവുന്ന ആകാശത്തില് പരമാത്മാവാകുന്ന ആകാശത്തില് ഈ രസാനുഭവം കൊണ്ട് ലഹരി പിടിച്ച് പറന്ന് നടക്കുന്ന ഹംസങ്ങള് രാജഹംസങ്ങള് അതിന്റെ കൂട്ടത്തില് പെട്ട ഒരു പക്ഷിയാണ് ഈ സുഖവും സുഖമുഖാത് അമൃതദ്രവസം യൂതം സാധാരണ വീഴുക അല്ലെ പക്ഷെ ഈ പഴം ഒഴുക അത്ര ചെയ്തത് മരത്തിന്ന് ഒഴുകി എന്നാണ് പഴം വീണൂന്നല്ല ഗളിതം എന്നുള്ളതിന് വീണു എന്നും പറയാം ഒഴുകിന്നും പറയാം ഗംഗ ഗളന്തി എന്ന് പറയാം ഒഴുകുന്നു എന്ന് പറയാം വീണു എന്നുള്ളതിനും ഗളിതം എന്ന് പറയാം ഇവിടെ ദ്രവസം യൂത്തം ദ്രവമാണെ അപ്പൊ ഒഴുക അമൃത ദ്രവസം ചില പഴം പോലും പല്ലില്ലെങ്കിൽ കടിക്കാൻ പറ്റില്ല പല്ല് ഒട്ടുമില്ലാത്തവർക്ക് പഴം പോലും തിന്നാൻ പറ്റില്ല അങ്ങനെയുണ്ട് അവർക്ക് ആ പഴമൊക്കെ ജ്യൂസായിട്ട് അടിച്ചു കൊടുക്കണം ഈ ഭാഗവതമാവുന്ന പഴം ഭാഗവത കഥാമൃതം കടിക്കാൻ പല്ല് പോലും വേണ്ട ഇവിടെ പല്ല് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ വേദത്തിൽ നിന്നും അതിന്റെ മാധുര്യമാകുന്ന പഴം എടുത്ത് കടിച്ച് ആസ്വദിച്ച് അറി അനുഭവിക്കണമെങ്കിൽ അതിനൊരു പല്ല് വിവേകമാവുന്ന പല്ല് വിവേകവും ശാസ്ത്രജ്ഞാനവും ആകുന്ന ബലമുള്ള പല്ലുണ്ടെങ്കിലേ വേദമാകുന്ന കരിമ്പിൽ നിന്നും രസമെടുക്കാൻ പറ്റുള്ളൂ ആർക്കും ആ പല്ലില്ല അധികം പേർക്കും പല്ലില്ല ആ കരിമ്പ് പൊട്ടിക്കാൻ അപ്പോ ആ കരിമ്പെടുത്ത് അതിന്റെ സാരം എടുത്ത് അതിന്റെ എസെൻസ് എടുത്ത് ഗ്ലാസ്സിലാക്കി അതിൽ മാധുര്യം ചേർത്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നാൽ എങ്ങനെയുണ്ടാവും യാതൊരു വിഷമില്ലാതെ അനുഭവിക്കാൻ പറ്റിയ രീതിയിൽ അങ്ങനെ നിഗമകൽപതോർഗളിതം ഫലം മുഖാദമൃതദ്രവസംയുതം ഖാദത എന്ന് പറഞ്ഞില്ല തിന്നു കടിക്കൂന്ന് പറഞ്ഞില്ല പിപത് ഭാഗവതം രസം പിപത ഭാഗവതം രസം ഭാഗവതമാവുന്ന രസം കുടിക്കാ കുടിക്കൂന്ന് എത്ര കാലം കുടിക്കും വീണ്ടും വീണ്ടും കുടിക്കുക നമ്മളുടെ സാധാരണ വസ്തുക്കളൊക്കെ ആകുമ്പോ കുറെ കുടിച്ചു കഴിഞ്ഞാൽ മതിയാവും ചിലര് രാവിലെ കഴിഞ്ഞാൽ കുറെ ചായയും കാപ്പിയും കുടിക്കും പക്ഷെ എത്രയാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട് അതിന് പറ്റില്ല ജ്യൂസും ഒക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കുടിക്കും കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കംപ്ലൈന്റ് വരും കൂടുതലായാലും ഇത് അങ്ങനെയൊന്നുമില്ല ഇത് ആറാ അമുദ് എന്ന് പറയുന്ന തമിഴ് ചൊല്ലുണ്ട് അതായത് എത്ര മധുരിച്ചാലും കുറെ മാധുര്യം അകത്ത് പോയാലും കുറച്ച് കഴിയുമ്പോ തെകട്ടും പക്ഷെ ഈ തെട്ടലില്ല അതിന് ഈ മാധുര്യം ഒരിക്കലും അവസാനിക്കാത്ത മാധുര്യമായതുകൊണ്ട് പിപത പി ണം ഭാഗവതം എതുവരെ വായിക്കണം തമിഴിൽ വാശിക്ക എന്നാണ് പറയാ വാശി വാഷിയണ്ട് ഓയാർ പാട്ടില് പാടി ശാസ്ത്രങ്ങളൊക്കെ വാശിക്കുന്നത് എന്തിനാന്ന് വെച്ച വാശി വാശി വാശി ഉണ്ട് ശിവാ ശിവാ ശിവ അത് തിരിച്ചിടണവരെ വായിക്കാം അത്രേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ ഒക്കെ പ്രയോജനം വാശി വാശി വാശി എന്ത് അതൊക്കെ ശിവശിവ ആവണവരെ ആയി വായനയുള്ളു മറക്കാതിരിക്ക പരമഭക്തയാണ് അവയാർ അവയർ ശിവഭക്തയാണ് മുരുകനെ കുറിച്ചും ഒക്കെ ധാരാളം പാടി അതിലൊരു പാട്ടിലാണ് പറയണത് ഈ വാശിക്കണതൊക്കെ എന്തിനാന്ന് വെച്ചാ ശിവശിവന്നവന ആ ഭഗവാ ഭഗവത് അനുഭൂതി ഹൃദയത്തില് വിട്ടുപോവാതെ രുചിക്കാൻ വേണ്ടിയിട്ടാണോ അത് ഭഗവാനോട് ആ അമ്മ ആ മുത്തശ്ശി അങ്ങനെയാണോ പ്രാർത്ഥിച്ചത് കുന്തി ദേവി പ്രാർത്ഥിച്ച പോലെ ശിവൻ ചോദിച്ചു അവയ്ക്ക് എന്ത് വരം വേണം എന്ന് ഭഗവാൻ ചോദിച്ചു അത്രേ അപ്പൊ അവയെ പറഞ്ഞു അയ്യനെ പിറവാവരം വേണ്ടും ജനിക്കാതിരിക്കാനുള്ള വരം തരണം അപ്പൊ ഭഗവാൻ വിട്ടില്ല പിറന്നാലോ അയ്യനെ ഉണ്ണേ മറവാവരം വെണ്ടും ഇനി പിറന്നാൽ ജനിച്ചാലോ ഭഗവാനെ മറക്കാതിരിക്കാനുള്ള വരം തരാന്ന് ഇനിയിപ്പൊ ജനിച്ചാലും ജന്മത്തിനൊന്നും പേടിയില്ല വൃത്രൻ പറഞ്ഞ പോലെ ഭഗവാനെ അങ്ങേ വിട്ടു കളയരുത് മറന്നു കളയരുത് മറക്കാതിരിക്കാനുള്ള വരം തരാന്നാണ് അപ്പോ വായിക്കണത് എന്ത് എതുവരെ വായിക്കണം ഭാഗവതെന്ന് വെച്ചാൽ ആലയം ഭഗവത് സ്വരൂപത്തിൽ അങ്ങനെ ലയിച്ച് ലയിച്ച് ലയിച്ച് ഇപ്പൊ പറയുമ്പോഴും ഭഗവാന്റെ ദിവ്യരൂപത്തിനെ വർണ്ണിച്ച് അഗ്രേ പശ്യാമി എന്നാവണത് വരെ വായിക്കാം മുമ്പിൽ ഭഗവാൻ വന്ന് നിക്കുമ്പോ പിന്നെ പുസ്തകത്തിൽ നോക്കാൻ പറ്റില്ല ഭഗവാൻ രമണ മഹർഷി പറയേ ശാസ്ത്ര പുസ്തകം വെച്ച് ആ വേദാന്ത പുസ്തകമാണെങ്കിൽ ശരി വായിക്കുമ്പോ ആ പുസ്തകം ഇവനെ പരിഹസിക്കും അത്രേ വെച്ചാൽ ഉപനിഷത്ത് എന്തു വേദാന്ത പുസ്തകമാവട്ടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോ ആ പുസ്തകം ഈ മുമ്പിൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണ ആളോട് ചോദിക്കണു ഞാൻ പറയണു നീ എന്നെ കാണണമെന്ന് നീ എന്തിനെ എന്നെ കാണണം ചോദിക്കും ഉപനിഷത്ത് പറഞ്ഞു ആത്മാവിനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് കാണെന്ന് പറഞ്ഞാൽ നീ പുസ്തകത്തിനെയേ നോക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പൊ ഈ പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താ ആലയം പിപത ഭാഗവതം രസം ലയം ഏർപ്പെട്ട ധ്യാനം ഏർപ്പെടണം ലയംന്ന് വെച്ചാൽ ധ്യാനം ഇതിന് വേറെ പല അർത്ഥങ്ങളുണ്ട് ജീവൻ മുക്തി വേറെ കുടിക്കാ മരിച്ചിട്ടും കുടിക്കുക അതൊക്കെ അവിടെ ഇരിക്കട്ടെ േർപ്പെടുന്നവരെ അതായത് ഭാഗവതം ചുവട്ടിൽ വെച്ചാലും ഭഗവാൻ ഉള്ളുന്നു പോവരുത് ചിലർക്ക് ഈ ഭാഗവതം വായിക്കുമ്പോൾ ധാരാണി വായിക്കുമ്പോൾ മാത്രം ഗുരുവായൂരപ്പൻ അങ്ങനെ പാടില്ല അത് കഴിഞ്ഞ പുസ്തകം അടച്ചു വെച്ചാൽ ഗുരുവായൂരപ്പൻ അവിടുന്ന് പോവാൻ പാടില്ല ആലയം പിബത് ആ അങ്ങനെ അനുസ അങ്ങനെ ഉണ്ടാവണം ആലയം പിബത ഭാഗവതം രസം മുഹുരഹോ പി അങ്ങനെയുള്ള വേദത്തിൽ നിന്നും പഴുത്തുവീണ ആ അമൃത പഴം അമൃതഫലം അതാണ് ഭാഗവതധർമ്മം ഭാഗവതം എന്നുള്ള പുസ്തകമല്ല ഭാഗവതത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം പറയൂ ഭാഗവതം പറയൂ എന്ന് വരും ഭാഗവതം ഒരു പുസ്തകമല്ല ഭാഗവതം ഒരു അനുഭൂതിയാണ് സ്വാദുസ്വാദു പതേ പതേ ആ ഭാഗവതം തന്നെ ഭഗവാൻ പല വിധത്തിൽ അവതരിക്കും എന്നാണ് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തില് അവർ ഭഗവാന്റെ പല അവതാരങ്ങൾ പറയും ഒന്ന് കൃഷ്ണനായിട്ട് അവതരിച്ചത് രാമനായിട്ട് അവതരിച്ചത് പരശുരാമനായിട്ട് അവതരിച്ചത് പല അവതാരങ്ങൾ അനേക അവതാരങ്ങൾ ഭാഗവതം തന്നെ പറഞ്ഞു അവതാരാഹ്യ അസംഖ്യേയാഹ് കണക്കെടുക്കാൻ കഴിയാത്ത അവതാരങ്ങൾ ഭഗവാനുണ്ട് എവിടെയൊക്കെ വിഭൂതി ഉണ്ടോ അവിടെയൊക്കെ ഭഗവാന്റെ അല്പാവതാരം ഉണ്ട് അപ്പോ അവസാനം ഒരു അവതാരം എന്താണ് കൃഷ്ണാവതാരത്തിനേക്കാളും വലിയൊരു അവതാരമില്ല എന്ന് ഭാഗവതം പറഞ്ഞാലും അങ്ങനെ ഒരു അവതാരമുണ്ട് ഭാഗവതം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണാവതാരം കൃഷ്ണാവതാര കാലത്തെ പ്രയോജനപ്പെട്ടുള്ളൂ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്ന കാലത്തെ കൃഷ്ണൻ പ്രയോജനപ്പെട്ടുള്ളൂ ബുദ്ധവർക്കറിഞ്ഞു ഭഗവാന്റെ അടുത്ത് ഭഗവാനെ സദാ അങ്ങയുടെ കൂടെ നടന്ന് ഇരിക്കണതും നടക്കണതും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ കൃഷ്ണന്റെ നിഴലുപോലെ നടന്നിട്ട് ഇപ്പൊ എതാ കൃഷ്ണൻ പറയണു ഞാനിതാ ഈ ലോകം വിട്ടു പോവുകയാണ് ഉദ്ധവ പോയിക്കഴിഞ്ഞാൽ ഇനി വരണവരൊക്കെ എന്തു ചെയ്യും ഉദ്ധവർക്ക് അതാണ് ദുഃഖമേ തന്നെ ഇനി വരണവരൊക്കെ എന്തിനെ കാണും എന്തിനെ ആസ്വദിക്കും എന്തിനെ ധ്യാനിക്കും അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് ഉദ്ധവാ പേടിക്കേണ്ട ഞാൻ എവിടെയും പോണില്ല തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം തന്റെ ഈ രൂപത്തിനെ മറച്ചു കളഞ്ഞ് ഭാഗവതം എന്ന് പറയുന്ന അർണവം സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു തേനേയം വാങ്്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തദേഹേഹ ശബ്ദബ്രഹ്മം ഭഗവാന്റെ ശബ്ദബ്രഹ്മസ്വരൂപമാണ് ഭാഗവതം വാങ്്മയീ മൂർത്തി വാങ്്മയമായ മൂർത്തിയായിട്ട് ഭാഗവതം നിൽക്കണം അതൊരവതാരം അതങ്ങനെ ഇരിക്കട്ടെ ഭാഗവതവും എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല ഭാഗവതം വായിച്ചിപ്പോ വായിക്കുന്നുണ്ട് ധാരാളം പേര് അർത്ഥമറിഞ്ഞിട്ടൊന്നുമല്ല അർത്ഥമറിഞ്ഞാൽ അതിന് പല പ്രയോജനങ്ങളുണ്ടാവും അർത്ഥമറിഞ്ഞാൽ അതിന്റെ സ്വഭാവമേ മാറും വായിക്കണതിന്റെ സ്വഭാവമേ മാറും അർത്ഥമറിയാതെ വായിക്കുന്നതിനും അർത്ഥം അറിഞ്ഞ് വായിക്കണതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ചിലർ ഭാഗവതം നാല് മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം സപ്താഹത്തിന് വായിക്കേണ്ടത് മൂന്ന് മൂന്നര മണിക്കൂറിൽ വായിച്ചു തീർക്കാൻ കഴിവുള്ളവരുണ്ട് അത് അർത്ഥം അറിഞ്ഞാൽ പറ്റില്ല അങ്ങനെ വായിക്കാൻ രാമകൃഷ്ണപരമം ചില ഒരു കഥ പറയും ഭാഗവത പ്രഭാഷണം ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ പല വീടുകളിലും പോയി ഭാഗവതം പറയും അദ്ദേഹത്തിന്റെ കഴിച്ചുകൂട്ടുന്ന അങ്ങനെയാ ഇപ്പോഴാണല്ലോ ഈ സപ്താഹമൊക്കെ ഇത്ര പ്രചാരത്തിൽ അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പ് പോലും ഇത്രയൊന്നും സപ്താഹം ആരെങ്കിലും നല്ല ശാസ്ത്രം പഠിച്ച ആളുകൾ ബ്രാഹ്മണര് മരിക്കാൻ കിടക്കുമ്പോ ഭാഗവതം കേട്ടാ വേണ്ടില്ല ഞാൻ തോന്നും ആരെങ്കിലും കുളിച്ചു വരുത്തി ചിലപ്പോൾ സപ്താഹം ചെയ്യിപ്പിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത്രേ ബ്രാഹ്മണൻ ഒരു വീട്ടിൽ പോയിട്ട് ഭാഗവതവും കൊണ്ടുപോകും ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഭാഗവതം വായിക്കട്ടെ എന്ന് ചോദിക്കും ആരും വേണ്ടെന്ന് അറിയില്ലല്ലോ അവിടെ ഭാഗവതം വായിക്കും അവരെന്തെങ്കിലും ശാപ്പാടും കൊടുക്കും പൈസയും കൊടുക്കും സംഭാവന കൊടുക്കും അത് അങ്ങനെ വെച്ചാണ് കഴിച്ചുകൊട്ടണം അപ്പഴാണ് ആ നാട്ടിലെ രാജാവ് നല്ലവണ്ണം ശാസ്ത്രത്തിലും പുരാണത്തിലുമൊക്കെ രുചിയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ടൊന്ന് ഭാഗവതം വായിച്ചാൽ തനിക്ക് കഴിച്ചു കൂട്ടാനുള്ള വകയൊക്കെ കിട്ടും എന്ന് ഉദ്ദേശിച്ച് രാജാവിന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ച് പറഞ്ഞു എനിക്ക് അങ്ങയുടെ മുമ്പിലൊന്നും ഭാഗവതം വായിച്ചാ വേണ്ടില്ലാന്നുണ്ട് രാജാവ് പറഞ്ഞു താങ്കൾ ഭാഗവതം വായിച്ച് എനിക്ക് കേൾക്കണ്ട ഈ ബ്രാഹ്മണന് വലിയ വിഷമം തോന്നി ഇതുപേരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്താ അങ്ങനെ അങ്ങ് പറയണത് അങ്ങ് ഭക്തനാണ് ഭാഗവതം കേൾക്കാൻ രുചിയുള്ള ആളാണെന്നൊക്കെ ആണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് രാജാവ് പറഞ്ഞു അതൊക്കെ ശരി പക്ഷെ താങ്കൾ ഭാഗവതം വായിച്ച് എനിക്ക് കേൾക്കാൻ യാതൊരു ആഗ്രഹം ഇല്ല പൊയ്ക്കോളാന്ന് പറഞ്ഞു ഈ ബ്രാഹ്മണനോ വല്ലാത്ത വൈരാഗ്യം വന്നു വിഷമം ഇതുവരെ ഒരാളും തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഭാഗവതം വായിച്ച കേൾക്കണ്ട നേരെ പുസ്തകവും കൊണ്ട് മഠത്തിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് ആരോടും പറഞ്ഞില്ല ഇനി ഒരിടത്തും ഭാഗവതം വായിക്കാൻ പോടല കഴിഞ്ഞു പക്ഷണി കിടന്നാലും വേണ്ടില്ല ആരെങ്കിലും ഒക്കെ ഭിക്ഷയായിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നാൽ കഴിച്ചോളാം വീട്ടിലിരുന്ന് ഭാഗവതം വായിക്കാം അങ്ങനെ തുടങ്ങി അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് രസിച്ച് രസിച്ച് അത് രസമായി കൊറേ കഴിഞ്ഞപ്പോ ഈ രാജാവ് ഈ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് വരണു രാജാവ് വരുമ്പോ ഈ ബ്രാഹ്മണ പത്നി കുടത്തിൽ വെള്ളമൊക്കെ ആയിട്ട് പോണു രാജാവ് ചോദിച്ചു ഈ ബ്രാഹ്മണൻ ഭാഗവതം വായിക്കുന്ന ആളിവിടെ ഉണ്ടോ അദ്ദേഹം ഇവിടെ ഉണ്ടോ എനിക്കൊന്ന് കാണണമല്ലോ അവരല്പൊന്ന് വിഭ്രമം കാണിച്ചു എങ്കിൽ അകത്തേക്ക് രാജാവിനെ വിളിച്ചു ഇദ്ദേഹത്തിനടുത്ത് വന്ന് പറഞ്ഞു രാജാവ് വന്നിരിക്കണോ അദ്ദേഹം ഭാഗവതം വായിച്ചോണ്ടിരിക്കുക രാജാവ് വന്നിരിക്കണമെന്നൊന്നും പറഞ്ഞത് കേട്ടതേ രാജാവ് അങ്ങനെ കാണാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചതേയില്ല രാജാവ് മുമ്പിൽ വന്നു നമസ്കരിച്ചു അപ്പോഴും ശ്രദ്ധിച്ചില്ല കുറെ കഴിഞ്ഞ് ഭാഗവതമൊക്കെ മടക്കി വെച്ച് മുമ്പിൽ രാജാവ് ഇരിക്കണ കണ്ടപ്പോ എപ്പോഴാ വന്നത് വളരെ ഉദാസീന ഭാവത്തിൽ ചോദിച്ചു ഇപ്പൊ രാജാവ് പറഞ്ഞു അങ്ങ് ഭാഗവതം പറഞ്ഞു എനിക്ക് കേൾക്കണം എന്താന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ഭാഗവതം പറയാം ഞാൻ ഭാഗവതം പറയാം എന്ന് പറഞ്ഞാൽ ഭാഗവതം പഠിച്ചിട്ടില്ല ഭാഗവത സപ്താഹത്തിന് വിളിച്ചാ പോരുത് നിർബന്ധിച്ചു വിളിക്കണം എത്ര കണ്ട് അവിടെ ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ പോകരുത് പോവാൻ പാടുള്ളൂ എന്നാണ് ഒരിടത്ത് പോയിട്ട് ഭാഗവതം പറയാം നാരായണീയം പറയാം ഗീത പറയാം പോവരുത് നിർബന്ധിച്ച് കേണ് വിളിച്ചാലേ പോകരുത് പോവാൻ പാടുള്ളൂ അല്ലെങ്കിൽ പോവാൻ പാടില്ല എന്നും ആ സ്ഥിതിയിൽ ഇപ്പോ വന്നു അതുകൊണ്ട് ഭാഗവതം പറയാൻ കേൾക്കാൻ രാജാവ് അവിടെ വന്ന് എത്തി കേൾക്കാനായിട്ട് അപ്പോ ഭാഗവതം ശരിക്കു പഠിച്ചാൽ ലയം ആലയം ലയം ഏർപ്പെടുന്നു ഉള്ളില് ധ്യാനം ഭഗവത് ധ്യാനം സ്വരൂപദ്ധ്യാനം ഏർപ്പെടുന്നു ധ്യാനം എന്ന് വെച്ചാൽ എന്താ മനസ്സ് ആത്മാവിൽ ലയിക്കുന്നതാണ് ധ്യാനം അപ്പോ ഭാഗവതം അർത്ഥം അറിയാൻ തന്നെ വിഷമുണ്ട് അപ്പൊ ഭഗവാന്റെ അവതാരം കൃഷ്ണാവതാരവും പോരാം എല്ലാവർക്കും ആയിട്ടും കുറച്ചു പേർക്ക് പ്രയോജനപ്പെട്ടു ഭാഗവതാവതാരവും പോരാം എന്താന്ന് വെച്ചാൽ അപ്പോഴും എല്ലാവർക്കും അങ്ങോട്ട് പ്രയോജനപ്പെട്ടില്ല കുറച്ചുകൂടെ ഭഗവാൻ എറിഞ്ഞു വന്ന എല്ലാവർക്കും അറിവുള്ളവനും അറിവില്ലാത്തവനും ഭാഷ അറിയണവനും അറിയാത്തവനും സംസ്കൃതം അറിയണവനും അറിയാത്തവനും വർത്തമാനം പറയാൻ കഴിയണവനും പറയാൻ കഴിയാത്തവനും യാതൊരു കഴിവില്ലാത്തവനും ദരിദ്രനും പണക്കാരനും പാമരനും ഒക്കെ ഒരേ പോലെ പ്രയോജനപ്പെടണമെങ്കിൽ ഭാഗവതമായാലും പോരാ കൃഷ്ണനായി അവതരിച്ചാലും പോരാ ഓരോ ഓരോ ഗ്രാമത്തിലും ഓരോ ഓരോ നാട്ടിലും ഓരോരോ സ്ഥലത്തും പോയി ഭഗവാൻ അവതരിച്ച് എല്ലാവർക്കും കാണുന്ന മാതിരി സ്ഥൂലമായ രൂപത്തിൽ ഇരിക്കണം അതിനെയാണ് അവർ പരമകൃപ എന്ന് പറയുന്നത് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവരതിനെ അർച്ചാവതാരം എന്ന് പറയും അർച്ചിക്കാനും പൂജിക്കാനും രീതിയില് പൃഥക് വപുഹു ഭാഗവതം തന്നെ ഇതിന് വാക്ക് പ്രയോഗിക്കുന്നുണ്ട് സ്വേച്ഛോപാ പൃഥക് വപുഹു സ്വീകരിച്ച ഒരു പൃഥക് രൂപം അതിന് നമ്മളൊക്കെ വേണമെങ്കിൽ വിഗ്രഹം എന്ന് പറയും വിഗ്രഹം എന്നേ പറയില്ല വിഗ്രഹമല്ല അർത്ഥാവതാരം ഭഗവാൻ അങ്ങനെ ഒരു അവതാരം അങ്ങനെ വന്ന ഒരു അവതാരമാണ് ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു ആവിർഭാവമാണ് ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെ പല ഭാവത്തില് പ്രകാശിച്ചു വിഭൂതികളായി പ്രകാശിച്ചു അതൊന്നും പോരാതെ എല്ലാരെയും അനുഗ്രഹിക്കണമെങ്കില് എങ്ങനെയുള്ള ആൾക്കും പ്രയോജനപ്പെടണമെങ്കിൽ എങ്ങനെയുള്ള ആൾക്കും ഉപയോഗപ്പെടണമെങ്കിൽ ശാസ്ത്രമറിഞ്ഞവനും അറിയാത്തവനും എല്ലാം സകല പേർക്കും ഉപയോഗപ്പെടണമെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ ഗുരുവായൂരിൽ മാത്രമല്ല ഇവിടെയും നമ്മുടെ ഇവിടെ അമ്പലത്തിലും രവിപുര അമ്പലത്തിലും ഏതൊക്കെ ഓരോ ഗ്രാമത്തിലും ശ്രീക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭഗവാൻ ആവിർഭവിച്ച് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കാം സ്വീകരിക്കാൻ ഭക്തന് മനസ്സുണ്ടായാ മതി ദിവ്യക്ഷേത്രങ്ങളിലുള്ള ദിവ്യക്ഷേത്രങ്ങളിൽ നിന്നല്ല ഏത് ക്ഷേത്രത്തിലും എവിടെയും ഭഗവാൻ ആവിർഭവിക്കാൻ തയ്യാറായിട്ടിരിക്കണോ അത് ഭഗവാന്റെ പരമകൃപ് അപ്പോ ആ ആവിർഭവിച്ച വസ്തു ഒരു വിഗ്രഹമല്ല ഒരു മൂർത്തിയല്ല ഒരു രൂപമല്ല ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയി നോക്കുമ്പോ ഒരു രൂപമല്ലാതെ തോന്നണത് ഉള്ളിലേർപ്പെടുന്ന അനുഭൂതിക്ക് രൂപമേ ഇല്ല വെളിയിൽ ഭഗവാൻ രൂപത്തോടെ നിന്നാലും ഭഗവാനെ കാണുമ്പോ ഹൃദയത്തിൽ ഏർപ്പെടുന്ന അനുഭവം നിർഗുണനിരാകാരമായി അനുഭൂതിമയമായി ഇരിക്കണം അതിന്റെ സ്വരൂപം പുറമേക്ക് ഭഗവാന്റെ ദിവ്യരൂപം കാണുമ്പോഴും ഹൃദയത്തിൽ ഏർപ്പെടുന്നത് ആനന്ദ അനുഭവം അപ്പോ भागवत प्रथम श्लोक भगवानेंत्यम विमी प्रपंचि स्थिति संहारमें अिष्ठान शाश्वत वस्तुएं प्रकाशिक ब्रह्म जन्मा इतर तेने आदिकवये േ ബ്രഹ്മഹൃദവേ മുഹ്യന്തിയസൂരയ തേജോ വാരമൃദം യഥാവിത്രസർ മൃഷാധാ സ്വന സദാ നിരസ്തകുഹകം സത്യ പരം ധീമഹി ജന്മാന്വയാത് अन्वयाते ഇതരത്ത ജന്മാദ്യസ്യതഹ എന്ന് പറഞ്ഞു വ്യാസഭഗവാന്റെ സൂത്രം ജന്മ ആദി ജന്മം മുതലായിട്ടുള്ളത് യഥാ ഏതൊന്നിൽ നിന്നും ഉണ്ടാവണമോ അത് ബ്രഹ്മം ഈ പ്രപഞ്ചം എവിടുന്നു പൊന്തിയോ എവിടെ നിൽക്കണോ എവിടെ ലയിക്കണമോ അത് ബ്രഹ്മം വേറെ ഒരു വിധത്തിൽ അർത്ഥം പറഞ്ഞാൽ ജന്മ ആദ്യസ്യത ആദ്യം പൊന്തി വന്നത് എവിടുന്ന് പൊന്തിയോ അത് ബ്രഹ്മം ആദ്യസ്യ എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള വൃത്തി ഞാൻ എന്നുള്ള അഹങ്കൃതി എവിടെ നിന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ അത് പൊന്തുന്ന സ്ഥലം ബോധമാണ് സത്യം ചലിക്കാതെ വസ്തു ആദ്യം പൊന്തിയത് അഹങ്കൃതിയാണ് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ പ്രപഞ്ചമൊക്കെ ലയിക്കണു ശരീരം ലയിക്കണു മനസ്സ് ലയിക്കണു ഒന്നും അറിയണില്ല സുഖമായിട്ട് ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം പൊന്തിയത് ഞാൻ എന്നുള്ള വൃത്തി പൊന്തി പിന്നെ മനസ്സ് പൊന്തി ശരീരം പൊന്നു എന്നുള്ള അനുഭവം ഉണ്ടായി ഇന്ന സ്ഥലത്ത് കിടക്കണോ ഒക്കെ അറിഞ്ഞു അപ്പൊ ആദ്യം പൊന്തി അത് ഈ അഹങ്കൃതിയാണ് ഈ അഹങ്കൃതി എവിടുന്നു പൊന്തി എന്ന് വെച്ചാൽ നിശ്ചലമായ ഏതോ മാറാത്ത ഒരു വസ്തുവിൽ നിന്നും ഈ വികാരം പൊന്തി മാറാതെ നിൽക്കണ ഒരു അധിഷ്ഠാനത്തിൽ നിന്നും ഞാൻ എന്നുള്ള അഹങ്കാരം പൊന്തുണു ജന്മ ആദ്യ പുതിയ തരത്തിലാണ് അർത്ഥം സാധാരണ പറയുന്ന രീതിയിലല്ല അപ്പൊ പറഞ്ഞു സാധാരണ ജന്മാദി അസ്യയതാ എന്നാണ് ഇവിടെ ജന്മ ആദ്യസ്യത ആദ്യം പ്രഥമവികാരം പ്രഥമവികാരോ ഭവത്യഹങ്കാര അതിനുശേഷമാണ് മനസ്സ് അതിനുശേഷമാണ് ആകാശം വംശീധരൻ എന്ന് പറയുന്ന വ്യാഖ്യാതാവ് ആകാശം എവിടുന്ന പൊന്തിയോ അത് ബ്രഹ്മം എന്ന് പറഞ്ഞു ആകാശം പൊന്തുണതിന് മുമ്പ് മനസ്സ് പൊന്തി മനസ്സിന്റെ മൂലമായ അഹങ്കാരവും പൊന്തി അപ്പൊ അഹങ്കാരം പൊന്തുണ അവ്യക്തം ഒക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതൊക്കെ എവിടുന്ന് പൊന്തിയോ അത് ബ്രഹ്മം അതിനെ സത്യം എന്ന് പറഞ്ഞു ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ് സത്യം എന്ന് മാത്രം ഭാഗവതം പറഞ്ഞു ബ്രഹ്മത്തിന്റെ സ്വരൂപം ബോധം ബോധം എന്ന് വെച്ചാൽ ഉണർവ് കോൺഷ്യസ്നസ് അറിവ് നമുക്കൊക്കെ ബോധമുണ്ട് ബോധം ഉണ്ടെങ്കിലേ ലോകമുള്ളൂ അല്ലെ ബോധം ആർക്കെങ്കിലും ലോകത്തിനെ കാണാൻ പറ്റും ബോധം ബോധം എന്ന് വെച്ചാൽ അറിവ് അനുഭൂതി അനുഭൂതി നമുക്കൊക്കെ അനുഭൂതിയുണ്ട് പ്രപഞ്ചം ഉണ്ട് എന്ന് നമ്മൾ അറിയണം അറിയാൻ കാരണം ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ആർക്കും അവനവൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമേ വരില്ല ബാക്കിയുള്ളവരെ കുറിച്ച് സംശയം വരാം ഇവിടെ ഒക്കെ ഇരുട്ടാക്കിയാ മതി അടുത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയാൽ നമുക്ക് അറിയേയില്ല ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമേ വരില്ല നല്ല ഉറപ്പുണ്ട് കാരണം എന്താ ബോധം എനിക്ക് ബോധമുണ്ടല്ലോ അപ്പൊ ആ ബോധമേ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ബോധമേ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ബോധത്തിന് മൂന്ന് ലക്ഷണങ്ങളാണ് ഒന്ന് സത്ത് ഒന്ന് ചിത്ത് ഒന്ന് ആനന്ദം ബോധത്തിന്റെ ഒരു ലക്ഷണം നമുക്കൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവം പിന്നെ പ്രപഞ്ചത്തിനെ അറിയണു അതാണ് ചിത്ത് ഇത് രണ്ടും പക്ഷെ ആനന്ദം ഇപ്പൊ കാണാൻ വയ്യ ആ ആനന്ദത്തിനെയാണ് നമ്മൾ തെരയുന്നത് സത്തും ചിത്തും എല്ലാവർക്കും ഉണ്ട് സച്ചിത്ത് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് സത്ത് ചിത്ത് രണ്ടും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവരവരുണ്ടോ എന്ന് അറിയണു പ്രപഞ്ചത്തിനെ അറിയണു പക്ഷെ ആനന്ദം എന്നുള്ള അംശം ലക്ഷണം നമുക്ക് കാണാനില്ല അതുകൊണ്ടാണ് എല്ലായിടത്തും എവിടെ സുഖം കിട്ടും എവിടെ സുഖം കിട്ടും എവിടെ ആനന്ദം കിട്ടും എന്ന് അറിയണത് അതുകൊണ്ട് ആ ആനന്ദം ബോധത്തിന്റെ ആനന്ദാംശം ആനന്ദ ലക്ഷണം കട്ട പിടിച്ച് വന്ന് നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതാണ് സാദ്രനന്ദ അവോധാത്മക അനുപമ കാശാവതിഭ്യർ നിത്യമുക് ശത നിർഭ്യമാനം അസ്പഷ്ടൃഷ്ടേ പുനഃ ഉരുപുരുഷാർത്മക ബ്രഹ്മ താതി സാക്ഷാ ഗുരുപവന പുരേ ഹാഗ്യം ജന സാന്ദ്രാനന്ദ അവബോധാത്മകം സാന്ദ്രംന്ന് കട്ടപിടിക്കാം രാമകൃഷ്ണപ്രഹ്മംസർ മനോഹരവുമായിട്ട് പറഞ്ഞു ജലത്തിനു രൂപമൊന്നുമില്ല പക്ഷെ തണുപ്പ് കൊണ്ട് വെള്ളം ഐസായിട്ട് പല രൂപം കൊണ്ട് നിൽക്കണ പോലെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ബ്രഹ്മം ഭക്തന്റെ ഭക്തിയുടെ തണുപ്പ് കൊണ്ട് പലേ രൂപം കൊണ്ട് നിൽക്കണോന്ന് ഭക്തന്റെ ഭക്തിയുടെ തണുപ്പ് കൊണ്ട് വെള്ളം കട്ട ഐസാവണ പോലെ ഭക്തന്റെ ഭക്തി കൊണ്ട് തണുപ്പുണ്ടായി ആ തണുപ്പ് കൊണ്ട് ആ ബ്രഹ്മം തന്നെ അനേക ദിവ്യരൂപങ്ങൾ ധരിച്ചു മുമ്പിൽ നിൽക്കണു അപ്പൊ സാന്ദ്ര ആനന്ദ അവബോധാത്മകം ആനന്ദ അവബോധം അവബോധം എന്ന് വെച്ചാൽ ബോധം തന്നെ അറിവ് ജ്ഞാനം ചൈതന്യം എന്നർത്ഥം ആ ചൈതന്യം സാന്ദ്രം കട്ട പിടിച്ചു കട്ട പിടിച്ചല്ലേ കാണാൻ പറ്റുള്ളൂ നിർഗുണമായിട്ട് നിന്നാ കാണാൻ വയ്യ നിരാകാരമായിട്ട് നിന്നാ കാണാൻ വയ്യ ഇപ്പൊ സാന്ദ്ര ആനന്ദ അവബോധാത്മകം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ആ ദിവ്യസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോ ഉപനിഷത്തുകൾ ഏതൊരു പരമവസ്തുവിനെ പറയണോ ആ പരമവസ്തു അപ്പൊ ഹൃദയത്തിൽ പ്രകാശിക്കണം ആ പ്രകാശം എങ്ങനെയുണ്ട് അവബോധമായിട്ടുണ്ട് പുറമേക്ക് നിൽക്കണ മൂർത്തിയോ രൂപം പൂണ്ട് കട്ട പിടിച്ച് നിൽക്കണം ഇതെങ്ങനെ ഗുരുവായൂരപ്പന്റെ മുമ്പില് സംഭവിക്കുന്നത് എങ്ങനെയോ അതേപോലെ തന്നെയാണ് ജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ സന്നിധിയിൽ സംഭവിക്കണം ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജീവൻമുക്തന്മാരുടെ സന്നിധിയിലും ഇതേപോലെ അവരുടെ സന്നിധിയിൽ അവരെ കാണുമ്പോൾ തന്നെ കണ്ണുമൂടും ഹൃദയത്തിൽ ആത്മാനുഭവം ഉണ്ടാവും അവര് പുറമേക്കൊരു രൂപത്തോടെ നിൽക്കണു കൈകാലോടെ നിൽക്കണു സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന്റെ മുമ്പിൽ ഒരു രൂപം പൂണ്ടിരിക്കണം പക്ഷേ പരീക്ഷത്തിന് ശുഖബ്രഹ്മ മഹർഷി ഒരു വ്യക്തിയായിട്ടേ തോന്നണില്ല ബ്രഹ്മമായിട്ട് തോന്നുന്നു പരീക്ഷത്തിന് സുഖബ്രഹ്മമഹർഷിയെ മുമ്പിൽ കാണുമ്പോ ഉള്ളിൽ ഏർപ്പെടുന്നത് ആത്മാനുഭവം അല്ലാതെ സുഖബ്രഹ്മമഹർഷി ഇരിക്കണു വർത്തമാനം പറയണമെന്നൊന്നും തോന്നുന്നില്ല അത് ബ്രഹ്മമായിട്ട് തന്നെ തോന്നുന്നു കൃഷ്ണനെ മുമ്പിൽ കാണുമ്പോ കൃഷ്ണൻ ഓടിക്കളിക്കണതൊക്കെ കാണുമ്പോ ഗോപസ്ത്രീകൾക്ക് ഇതൊരു വസ്തുവായിട്ട് തോന്നണുള്ളൂ ഒരു വ്യക്തിയായിട്ട് തോന്നണില്ല അതൊരു വസ്തു അനിർവചനീയമായ വസ്തു ഓടിക്കളിക്കണം അതേപോലെ ആ അനിർവചനീയമായ ഔപനിഷിതമായ വസ്തു ഗുരുവായൂരില് ശ്രീക്ഷേത്രത്തില് ശ്രീകോവിലില് അങ്ങനെ നിക്കണു തത്താവത്ഭാതി എന്നാണ് ഒരു കുറവുമില്ലാതെ അതേപോലെ എന്തിനു കുറയണം അല്ല പടിപ്പടിയൊന്നും വേണ്ട ഇവിടെ വിഗ്രഹമായിട്ട് പതുക്കെ ഉപാസിച്ചു പിന്നെ ബ്രഹ്മത്തിലെത്തിയൊന്നും വേണ്ട ഭക്തന് ഒരേ അടിക്ക് കാണുകയാണെങ്കിൽ ഇത് തന്നെ അത് മാണിക്യവാചകർ തിരുവാചകം മുമ്പിൽ വെച്ചു തിരുവാചകം മുഴുവൻ ജ്ഞാന ഭക്തി സമ്മിശ്രമായിട്ടുള്ള ഭക്തി ഗാനങ്ങളാണ് തിരുവാചകം എഴുതി വെച്ച മാണിക്യവാചകരോട് അർത്ഥം പറയാൻ പറഞ്ഞു നടരാജമൂർത്തിയുടെ കാൽച്ചവട്ടൽ വെച്ചിട്ട് മാണിക്യവാചകർ പറഞ്ഞു ഇതിന് അർത്ഥം ഇവൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ശരീരം അവിടെ വിട്ടു മാണിക്കവാചകർ അർത്ഥം പറയാൻ പറഞ്ഞു അപ്പൊ ഇതിന് അർത്ഥം ഇവൻ അതുപോലെ ഭാഗവത നാരായണീയത്തിന് അർത്ഥം എനിക്കതാണ് ധൈര്യമേ ഒരു പക്ഷെ നാരായണീ അല്പ സ്വല്പം തെറ്റിയാലും നാരായണീയത്തിന് ഉള്ളൂ ഗുരുവായൂർ പത്മം ഓരോ ശ്ലോകത്തിനും ഓരർത്ഥമേ ഉള്ളൂ ഗുരുവായൂരപ്പൻ അനുഭൂതി ഭഗവാനാണ് അർത്ഥം ഓരോ ശ്ലോകത്തിനും ഒരർത്ഥം ഭഗവാൻ വേറെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്താ ചൈതന്യ മഹാപ്രഭുവിന്റെ കഥയിൽ പറയും ശ്രീരംഗത്തിലേക്ക് വന്നു അദ്ദേഹം യാത്ര വരുമ്പോൾ ഈ ശ്രീരംഗത്തിൽ ദിവസം ഒരു അബദ്ധ പഞ്ഞാങ്ങുണ്ടായിരുന്നു ഒരു പയ്യൻ പഠിപ്പൊന്നുമില്ല പാവം പത്ത് മുപ്പത് വയസ്സായി വായിൽ ശരിക്കും അക്ഷരം പോലും വരില്ല ഭഗവത്ഗീതയെ എടുത്തുകൊണ്ട് രംഗനാഥന്റെ മുമ്പിൽ പോയി ഇരിക്കൂ എന്നിട്ട് ആ പുസ്തകം വെച്ചുകൊണ്ട് അബദ്ധ പഞ്ചാംഗം എന്ന് വെച്ചാൽ ഇനിയൊന്നും പറയാനില്ല അത്രയും അബദ്ധം എവിടെ പിരിക്കണം ഒന്നും അറിയില്ല കർമ്മ നീവ ധികാരസ്ഥെ ഇങ്ങനെയൊക്കെയാണ് പദം പിരിക്കുന്നത് കണ്ടടത്തൊക്കെ അബദ്ധം നമ്മളെയൊക്കെ ആളുകൾ പേടിപ്പിച്ചു വെച്ചിരിക്കണം യു അങ്ങനെ പറഞ്ഞാൽ തെറ്റുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അപകടമാകും അങ്ങനെ പറഞ്ഞാൽ പേടിപ്പിക്കാൻ കേരളത്തിലുള്ളവരെ പോലെ വളരെ സകം ഇപ്പൊ ഭാഗവതകാല വ്യാസഭഗവാൻ നമ്മളെങ്ങോട് തുറന്നു വിട്ടു യസ്മിൻ പ്രതിശ്ലോകം അബദ്ധ പദ്ധ്യം പെടിക്കൊന്നും വേണ്ട എന്നാണ് അപ്പോ ഇയാൾ അവിടെ ഇരുന്ന് അബദ്ധ പഞ്ചാംഗമാണ് രംഗനാഥന്റെ മുമ്പിൽ ഇരുന്നിട്ടേ അപ്പൊ ആളുകളൊക്കെ രാവിലെ എണീറ്റാ തുടങ്ങി എന്ന് പറിക്കും പറയും പോട അവിടെ ഇരുന്ന് വായിക്കണ്ട ശാപം കിട്ടും പാപം കിട്ടും ഇങ്ങനെ ഇരുന്ന് ഭഗവത്ഗീത വായിച്ചാൽ ഇപ്പൊ ഇവൻ ഒരു ദിവസം വായിക്കേണ്ട എന്ന് വയ്ക്കും ഇവര് പറഞ്ഞാൽ ഓ ഇവരിങ്ങനെ ചീത്ത പറയണോ നമുക്ക് പാപം കിട്ടുമായിരിക്കും അതുകൊണ്ട് ഭഗവത്ഗീത വായിക്കേണ്ട എന്ന് വെച്ച് മടക്കി വെച്ചാൽ ഇയാൾക്ക് അന്ന് ഉറക്കമില്ല ഊണില്ല വായിക്കാതിരിക്കാൻ പറ്റണില്ല അവസാനം അയാൾ തീരുമാനിച്ചു ഇനി പാപം കിട്ടിയാലും വേണ്ടില്ല നരകത്ത് പോയാലും വേണ്ടില്ല ഗീത വായിക്കാം എന്താ ഈ ഗീത വായിച്ചിട്ടിപ്പോ എന്താ കിട്ട എന്തോ ആനന്ദം ഇനി ഇപ്പൊ മുമ്പിൽ പോയിരുന്നാലേ നാല് ആളുകൾ ചീത്ത പറയേണ്ടത് ശ്രീകോപിലിന്റെ പുറകിൽ പോയി ഒരു തൂണിന്റെ പുറകിൽ ആരും കാണാതെ പാരായണം ഗീതാ പാരായണം ഭഗവത്ഗീതാ പാരായണം അപ്പൊ അവിടുത്തെ ശാസ്ത്രീകൾമാരെ ദീക്ഷിതന്മാരൊക്കെ അപ്പൊ ഒന്ന് ആശ്വസിച്ചു അത്ര കുറെ ആയിട്ട് വരുന്നില്ല അപ്പ രാവിലെ എനിക്കാൾ കണ്ടാലോ പക്ഷെ ഇയാൾ തുടരണു ശ്രീകോവിലിന്റെ പുറകിൽ തൂണിന്റെ പുറകിൽ പോയിരുന്നിട്ട് ഭഗവത്ഗീത വായിക്കേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു അവിടെ വന്നത് അവിടെ വന്നപ്പോ രംഗനാഥനെ പോലും കണ്ടില്ലേ അദ്ദേഹം പ്രദക്ഷിണം വെച്ച് ഈ ആ ഈ ഭക്തൻ എവിടേക്കാണ് ചൈതന്യ മഹാപ്രഭു പോണത്താണ് ഭക്തന്മാർ പുറകെ നടക്കാം ഇദ്ദേഹം നടന്നു നടന്ന ഈ തൂണിന്റെ പുറകിൽ പോയി ഈ ഭക്തന്റെ അടുത്ത് പോയി നിൽക്കണം അപ്പൊ അവിടെ അറിയണവരും അദ്ദേഹത്തിന് അവിടെ കൂട്ടിക്കൊണ്ടു പോകണ്ട സകല വ്യാകരണ പ്രശോടെ വായിച്ചുകൊണ്ടിരിക്കണം കൂട്ടിക്കൊണ്ടുപോരും അങ്ങോട്ട് പോകണ്ടാന്നോ ചൈതന്യ മഹാപ്രഭുവാണെങ്കിൽ ഇവര് പറഞ്ഞതൊന്നും കേൾക്കാതെ ഇയാൾ നോക്കിക്കൊണ്ടുപോയി നിൽക്കണ ഇവനാണെങ്കിൽ കണ്ണില് കണ്ണീരും വിട്ട് ഒരു ശ്ലോകം വായിച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു അടുത്ത ശ്ലോകം അതിലൊരു പത്ത് അബദ്ധം ഉണ്ടാവും എന്നാലും വായിച്ചാൽ പത്ത് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കും ലഹരി പിടിച്ച പോലെ ഇരിക്കും ആളുകൾ ഇങ്ങനെ ഭക്തന്മാർ കൂടെ ഉള്ളവർക്കൊക്കെ ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുത്തു അത്രയും ഇപ്പം വായിക്കണത് കണ്ടു അവർക്കും മനസ്സിലാവണില്ല ഇവരെന്ത്ർത്ഥം മനസ്സിലായിട്ടാണ് ഇങ്ങനെ കണ്ണീര് വിടണത് എന്ത് മനസ്സിലായിട്ടാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കണത് എന്ത്വന് മനസ്സിലായിന്ന് അവർക്കും മനസ്സിലാവണില്ല ഇപ്പൊ പാരായണം കഴിഞ്ഞപ്പോ നാ മുമ്പിൽ സന്യാസികളൊക്കെ നിൽക്കണു ഇവന് എഴുന്നേറ്റു നമസ്കരിച്ചു ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു തനിക്ക് എന്തു മനസ്സിലായിട്ടാ ഇങ്ങനെ ആനന്ദം ഉണ്ടാവണു കഴിഞ്ഞിരുന്നു ഷൂ എനിക്കൊന്നും അറിയില്ല ഞാൻ തെറ്റി ആരും കേൾക്കാതിരിക്കാനാണ് ഇവിടെ ഒന്ന് വായിച്ചത് ക്ഷമിക്കണം ഞാൻ ഇനി നാളെ തൊട്ട് അങ്ങ് പറയുകയാണെങ്കിൽ വായിക്കണില്ല ഇല്ല അപ്പ ഈ വായിക്കുന്നത് വളരെ മനോഹരമായിട്ടിരുന്നു എന്താ വായിക്കുമ്പോ എന്തു മനസ്സിലായി എന്തറിഞ്ഞിട്ടായി സന്തോഷം ചോദിച്ചു അത്രയും ഏയ് ഒന്നും എനിക്കറിയില്ല ഒരു അർത്ഥവും അറിയില്ല പക്ഷെ എനിക്ക് അത് പറയുമ്പോ കൃഷ്ണൻ മുമ്പിൽ നിൽക്കണതായിട്ടും അർജുനന് ഉപദേശിക്കുന്നതായിട്ടും അതങ്ങനെ പൂർണ്ണ പരമാത്മ സ്വരൂപമായിട്ട് അങ്ങനെ തോന്നും ഓരോ ശ്ലോകത്തിനും ഒരു അർത്ഥമേ ഉള്ളൂ ഭഗവാൻ അപ്പൊ ഭഗവാൻ മുമ്പിൽ നിൽക്കണൂ ഭഗവാൻ നിൽക്കണമെന്ന് തോന്നുന്നത് കൊണ്ട് ഓരോ ശ്ലോകം വായിക്കുമ്പോഴും ഭഗവത് അനുഭൂതി അത്രയേ ഉള്ളൂ അപ്പൊ ചൈതന്യ പറഞ്ഞു ഇയാൾക്കാണ് ഇതിന്റെ ലക്ഷ്യാർത്ഥം ബാക്കിയുള്ളവർക്കൊക്കെ വാചിയാർത്ഥം മഹാവാക്യത്തിനൊക്കെ എങ്ങനെയുണ്ട് ഉപനിഷത്തുകളിലൊക്കെ ലക്ഷ്യാർത്ഥം വാച്യാർത്ഥം എന്നുണ്ട് വാച്യാർത്ഥം എന്താന്ന് വെച്ചാൽ വെർബൽ മീനിങ് നല്ലവണ്ണം അറിയാം വാക്കിന്റെ അർത്ഥം നല്ലവണ്ണം അറിയാം അപ്പൊ അതൊക്കെ നല്ലവണ്ണം വ്യാകരണ പടി പിരിച്ച് നട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചെടുത്തു കളയും കൃത്യമായിട്ട് പറയും പക്ഷേ ലക്ഷ്യാർത്ഥം എന്താന്ന് വെച്ചാൽ ഈ വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം ഒന്നുണ്ട് ആ അർത്ഥം അനുഭൂതിയാണ് ആ അർത്ഥം ആ അനുഭൂതിയാണ് ആ അർത്ഥത്തിന്റെ സ്വരൂപം ആ അർത്ഥത്തിന് ആത്മാ എന്നാണ് അർത്ഥം അതായത് അതിന്റെ അർത്ഥം ഇപ്പൊ പ്രകാശൻ ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾ ഞാൻ പ്രകാശം പ്രകാശം എന്ന് വിളിച്ച പ്രകാശം എന്ന് വെച്ചാൽ വെളിച്ചമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ പ്രകാശം എന്ന് വിളിച്ചാൽ ആ പ്രകാശനെ വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് ഏതോ ഒരു വെളിച്ചത്തിനെ തോന്നില്ല അല്ലേ അയാൾക്ക് ഉടനെ തോന്നണ്ടെന്ന് എന്നെ വിളിച്ചു അതെ അതേപോലെ ഉപനിഷത്തുകളൊക്കെ പറയുമ്പോൾ നിത്യം എന്ന് പറയുമ്പോൾ ഞാൻ ശുദ്ധം എന്ന് പറയുമ്പോ എന്നെ മുക്തം എന്ന് പറയുമ്പോ എന്നെ കുറിച്ച് പറയുന്നു അനന്തം എന്ന് പറയുമ്പോ എന്നെ കുറിച്ച് പറയുന്നു അനിർവചനീയം എന്ന് പറയുമ്പോ എന്നെ പറയുന്നു ഇങ്ങനെ ആത്മാവിലേ പോയിക്കൊണ്ടിരിക്കൂ ലക്ഷ്യാർത്ഥം അറിയണവന് വാച്യാർത്ഥം പറയണവൻ എന്താണ് ശുദ്ധം എന്ന് പറഞ്ഞാൽ പ്യുവർ നിത്യം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഇറ്റേണൽ ഇങ്ങനെ അർത്ഥം വെർബൽ മീനിങ് പോയിക്കൊണ്ടിരിക്കും ഈ വെർബൽ മീനിങ് ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിക്കില്ല ലക്ഷ്യാർത്ഥം ആർക്ക് ചിത്തം ശുദ്ധമാണോ അവർക്ക് നേരെ ലക്ഷ്യത്തിൽ പോയി നിൽക്കും മനസ്സ് അപ്പോ ഭഗവാന്റെ ദിവ്യമൂർത്തി സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം അതിനെ ഉപമിക്കാൻ വേറെ ഒരു വസ്തുല്ല കാലദേശാവധിഭ്യാം നിർമുക്തം ഭഗവത് അനുഭൂതിയിൽ ദേശം കാലം ഒന്നുമില്ല ബോധത്തിൽ ദേശകാലം ഒന്നുമില്ല ബോധത്തിൽ മനസ്സ് പൊന്തുമ്പോഴാണ് ദേശകാലങ്ങളൊക്കെ പൊന്തണം മനസ്സുണ്ടോ ദേശമുണ്ട് കാലമുണ്ട് മനസ്സില്ലേ ദേശമില്ല കാലമില്ല രാത്രി ഉറങ്ങുമ്പോ ആർക്കെങ്കിലും സമയം അറിയണുണ്ടോ നമ്മളുടെ അനുഭവമാണ് അല്ലെ രാത്രി ഉറങ്ങുമ്പോ എത്ര സമയമായി എന്ന് ആർക്കെങ്കിലും അറിയണുണ്ടോ ഇപ്പൊ പ്രഭാഷണം വേണമെങ്കിൽ അത്യാവശ്യം ഒരു അരമണിക്കൂർ കൂടി പോയാൽ ഒരു നാല് പ്രാവശ്യം വാച്ച് നോക്കും പക്ഷെ ഉറങ്ങുമ്പോ ഒരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി മൂന്ന് മണിക്കൂറായി വാച്ച് നോക്കണ്ടോ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നോക്കുവായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ സമയമേ അറിയില്ല ആർക്കും ഇതുവരെ ഉറക്കം ബോറടിച്ചു എന്ന് പറയണില്ല അല്ലേ ഉറങ്ങി ഉറങ്ങി ബോറടിച്ചു എന്ന് ആരും പറയണില്ല ഉറങ്ങി എഴുന്നേറ്റ് പിന്നെയും വേണമെങ്കിൽ ഉറങ്ങിക്കോളൂ ദേശം ടൈമില്ല അതേപോലെ കാലവുമില്ല സമയവും ഇല്ല ഏർ ദേശവും ഇല്ല സ്പേസും എവിടെ കിടക്കണമെന്ന് അറിയില്ല എറണാകുളത്താണോ വേറെ വല്ലയിടത്താണോ അറിയില്ല ഞാനിതാപ്പൊ ഇന്നലെ രാത്രി എറണാകുളത്ത് മിനിഞ്ഞാന്ന് രാത്രി ട്രെയിനില് അതിന് മുമ്പിലത്തെ ദിവസം തിരുവണ്ണാമലയിലും എവിടെയാണെന്ന് അറിയില്ല ഉറക്കത്തിന് ഒരു വ്യത്യാസവും ഇല്ല ദേശകാലാവധിഭ്യാം നിർമുക്തം അപ്പൊ മനസ്സ് പോയാൽ ബ്രഹ്മമേ ഉള്ളൂ ബ്രഹ്മത്തിൽ ദേശവും കാലവുമില്ല അതേപോലെ ഭഗവത് അനുഭൂതിയിലും ദേശകാലങ്ങളൊന്നുമില്ല എവിടെ ഇരിക്കണമെന്ന് അറിയില്ല ആനന്ദം ഏർപ്പെടുമ്പോ സമയവും അറിയില്ല പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരൽപനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനുടി ആയിരം ആണ്ടുപോലെ തോന്നും നാരായണഗുരുസ്വാമി ആത്മോപദേശ ശതകത്തില് പറയണതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് പരമാനന്ദത്തിന്റെ പാല് കുടിച്ച ഭാഗ്യവാൻമാർക്ക് ആ ഭക്തിയുടെ പാല് കുടിച്ച ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ടൊരല്പനേരം പതിനായിരക്കണക്കിന് വർഷങ്ങള് കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പോകും അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അപരപ്രകൃതി എന്താ മനസ്സ് മനസ്സ് ശരീരം ബുദ്ധി അഹങ്കാരം ഇന്ദ്രിയങ്ങളും ഒക്കെ അപരാപ്രകൃതിയാണ് അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൂറ്റി ആയിരം ആണ്ട് പോലെ തോന്നും മനസ്സ് ജഡത്തിന്റെ പിടിയിൽ പെടുമ്പോ ടൈം ബോറടിക്കണോ ബോറടിക്കണോ നമ്മളുടെ മനസ്സ് എത്ര കണ്ട് വികസിക്കുന്നു അത്ര കണ്ട് ബോറടിക്കൽ മനസ്സ് എത്ര കണ്ട് വിക കുറയുന്നു അത്ര കണ്ട് ഈ ബോറടിക്കൽ എന്നുള്ളതും നമുക്ക് പോകും ശാന്തി ഉണ്ടാവും ധ്യാനമുണ്ടാവും ഉണർമ്മ ഉണ്ടാവും മനസ്സ് വികസിക്കും ഭഗവാനിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകും മനസ്സ് കുറയുന്തോറും ചിത്തവൃത്തികൾ കുറയുതോറും ഭഗവാന്റെ അടുത്തേക്ക് അടുത്തടുത്ത് അടുത്ത അടുത്ത് വരും അപ്പോ ാവധി വ്യാം കാലദേശാവധി വ്യം കാലദേശങ്ങളുടെ അവധി അവധി എന്ന് വെച്ചാൽ ബോർഡർ കാലദേശങ്ങൾ നമ്മളെ ബോർഡർ ഇട്ട് വെച്ചിരിക്കുക ഇത്ര കാലം ജീവിക്കും ഇത്ര ഇന്ന ദേശത്തിൽ നമ്മൾ വസിക്കണം ഒക്കെ ബോർഡറാണ് ബ്രഹ്മത്തിനാവട്ടെ ഈ ബോർഡർ ഒന്നുമില്ല ഭഗവാൻ ഈ ബോർഡർ ഒന്നുമില്ല ഒരു ബോർഡറോ അദ്ദേഹത്തിനില്ല നമ്മളോ ബോർഡറിൽ പെട്ടുകിടക്കാണ് ലിമിറ്റേഷൻ പരിച്ഛേദം ഗുരുവായൂരൊപ്പൻ അങ്ങനെയല്ല എവിടെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും പ്രകാശിക്കാം എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രകാശിക്കാം അതുകൊണ്ടാണ് ദ്രൗപദി ആദ്യം ശ്രീകൃഷ്ണ ദ്വാരകാവാസിന്ന് വിളിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഞാൻ എല്ലാ ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ദ്വാരകയിൽ നിന്ന് ഹസ്തനാപുരത്തേക്ക് വരാം എന്ന് പറഞ്ഞ് റെഡി ആയിരിക്കുന്നു അപ്പോഴാണ് ദ്രൗപദി പറഞ്ഞത് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന എന്ന് വിളിച്ചു ആ വിശ്വാത്മാ എന്ന് വിളിച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിലും പ്രകാശിക്കാം ദ്വാരകാവാസി എന്ന് വിളിച്ചാൽ കുറച്ച് വിഷമാണ് അപ്പൊ അവിടുന്ന് പുറപ്പെട്ടു വരാൻ കുറച്ച് നേരം എടുക്കും വിശ്വാത്മൻ വിശ്വഭാവന വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ എവിടെ വേണമെങ്കിലും പ്രകാശിക്കാം അപ്പോഴാണ് ഭഗവാൻ പ്രകാശിച്ചത് അപ്പോ കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം അനുപമീതം ഉപമിക്കാനൊരു വസ്തുവില്ല ഗുരുവായൂരപ്പൻ എങ്ങനെയുണ്ടാവും ചോദിച്ചാൽ പറയാൻ വയ്യ ഗുരുവായൂരപ്പൻ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ ഗുരുവായൂരപ്പനെ പോയി കാണണം ഗുരുവായൂരപ്പനെ കാണണം കാണാനുള്ള കണ്ണ് വേണം എനിക്ക് കണ്ണില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഗുരുവായൂരപ്പനെ കണ്ട അതാണ് പ്രശ്നം ഇപ്പൊ എല്ലാരെയും അനുഗ്രഹിക്കാനാണെന്ന് പറഞ്ഞല്ലോ കണ്ണില്ലെങ്കിപ്പെന്ത് ചെയ്യും അല്ല ചോദിക്ക ഈ ശ്ലോകത്തിൽ തന്നെ ഉണ്ട് കണ്ണില്ലെങ്കി ഇപ്പൊ ചെയ്യും ഗുരുവായൂരപ്പനെ കാണാൻ കണ്ണില്ല ഇപ്പൊ എന്ത് ചെയ്യും കണ്ണില്ലാത്തവർക്ക് ഗുരുവായൂരൂപ്പം പ്രയോജനമില്ലേ ദൃഷ്ടമാത്രേ പുനരുരു എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ പരമപുരുഷാർത്ഥം ഉണ്ടാവും അത് കാണണമല്ലോ ദൃഷ്ടമാത്രേ വെച്ചാൽ നമ്മൾ കാണണമെന്നല്ല ഭഗവാന്റെ ദൃഷ്ടി നമ്മളുടെ മേലെ വീണാ ദൃഷ്ടമാത്രേ പുനരുരു നമ്മൾ പോയി കാണണമെന്നൊന്നുമില്ല നമ്മൾ കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ശ്രദ്ധിച്ചാലും ശരി ശ്രദ്ധിച്ചില്ലെങ്കിലും ശരി നമ്മളുടെ ഭക്തി നമ്മളുടെ വിശ്വാസം നമ്മളുടെ ശക്തി നമ്മൾ ചെയ്യുന്ന ജപം കൊണ്ടൊന്നും ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിലൊന്നും സാധ്യമല്ല ഒരു ജന്മത്തിൽ സാധ്യ ഓട്ടത്തോണിയിൽ കയറി സമുദ്രം കിടക്കാൻ പോണ പോലെയാണ് എപ്പൊ വെള്ളം കയറെന്ന് പറയാൻ പറ്റില്ല ഭഗവാന്റെ കൃപ എന്നുള്ള ശക്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷ്മമാണ് ഈ ഭക്തി കൃപയെ വിശ്വസിച്ചു കൊണ്ടുവേണം പുറപ്പെടാൻ തമിഴിൽ ഒരു ചൊല്ലുണ്ട് അവൻ അരുളാൽ അവൻ താഴ്വണെങ്കിൽ അവൻ അരുളാൽ അവൻ അരുൾ പെറ്റ് അവൻ അരുളാൽ അവൻ അരുൾ ആന അരുൾ എന്ന് കൃപ ആരംഭിക്കുമ്പോ ഭഗവാനെ നമസ്കരിക്കുന്നത് പോലും ഭഗവാന്റെ കൃപ കൊണ്ടാണെന്ന് പിന്നെ ഭഗവത് കൃപ കിട്ടണതെങ്ങനെ കൃപ കൊണ്ട് ശൈവ സിദ്ധാന്തത്തില് അവർ ആത്മസാക്ഷാത്കാരം കൃപാ ഭഗവത് സാക്ഷാത്കാരം എന്നാ പറയാം ആദ്യ ആത്മസാക്ഷാത്കാരം പിന്നെ കൃപാസാക്ഷാത്കാരം എന്ന് വെച്ചാൽ ഭഗവാൻ സദാ കൂടെ ഉള്ളതും സദാ തന്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നതും തന്നെ അനുഗ്രഹിക്കണതും ആ സാന്നിധ്യത്തിനെ അനുഭവിച്ചു കൃപാസാക്ഷാത്കാരം എന്ന് പറഞ്ഞു അപ്പൊ ആ കൃപ കൃപയെ പരിപൂർണമാണ് ഭക്തി അതാണ് താൻ പാതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഒരു കുട്ടി പറഞ്ഞു അത്രേ കുട്ടി പഠിക്കാതെ ഇരിക്കുക പരീക്ഷിക്കും അപ്പൊ അമ്മ പറഞ്ഞു പഠിക്കടാ താൻ പാതി ദൈവം പാതി വെറുതെ അമ്പലത്തിൽ മാത്രം പോയിട്ട് കാര്യമില്ല പഠിക്കണം അപ്പൊ കുട്ടി ബുദ്ധിയുള്ള കുട്ടി പറഞ്ഞു ദൈവത്തിന്റെ പാതി ഫിഫ്റ്റി പെർസെന്റ് കിട്ടിയാലും മതിയാണ് ജയിച്ചാ മതി ഈ താൻ പാതി ദൈവം പാതി കൊണ്ടുവരാൻ പാടില്ല ഇവിടെ ഒന്നിൽ താൻ അല്ലെങ്കിൽ ദൈവം ദൈവത്തിന് ഭഗവാന് ശരണാഗതി ചെയ്യുക അത് ലോകത്തിൽ വെച്ചോളുക ലൗകിക പ്രവർത്തിയിൽ വെച്ചോളാം താൻ പാതി ദൈവം പക്ഷെ ഭക്തിസാധനയിൽ വരുമ്പോ ഭഗവാൻ മാത്രം ഭഗവാന്റെ കൃപയെ വിശ്വസിച്ചു കൊണ്ടു വേണം ആരംഭിക്കാം ഒരു നാമൻ ചൊല്ലണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം അത് ഞാൻ ചൊല്ലണു എന്റെ ശക്തി കൊണ്ട് ചൊല്ലണു എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ വഴിച്ചു പോവും അപ്പൊ അവിടുന്ന് ആരംഭിച്ച് തേനെ ദൃഷ്ടമാത്രേ എന്ന് കണ്ണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താം ഭഗവാന്റെ ദൃഷ്ടി ഇങ്ങോട്ട് വീഴട്ടെ നമ്മളുടെ ദൃഷ്ടി അങ്ങോട്ട് വീണമെന്നില്ല അപ്പൊ അവിടുത്തെ ദൃഷ്ടി ഇങ്ങോട്ട് വീണാ മതി എന്നാണ് അതുകൊണ്ട് അത് അനുപമിതം ഉപമിക്കാൻ വേറെ വസ്തു ലോകത്തിലില്ല ആക അനന്വയാലങ്കാരം എന്ന് പറയും സംസ്കൃതത്ത് ഗഗനം ഗഗനാകാരം സാഗരസാഗരോപമ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ എന്ന് പറയും രാമരാവണ യുദ്ധം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആകാശം ആകാശം പോലെ സാഗരം സാഗരം പോലെ രാമരാവണ യുദ്ധം രാമരാവണ യുദ്ധം പോലെ അതുപോലെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ പോലെ ം ഉപമിക്കാൻ പറ്റില്ല ഇതുപോലെ അതുപോലെ എന്ന് പറയാൻ വയ്യ ബ്രഹ്മത്തിനെ ഉപമിക്കാൻ ഒരു വസ്തു ലോകത്തിലെവിടെയും ഇല്ല കാരണം അതൊരു ദ്രവ്യമേ അല്ല അതൊരു പുറമേക്ക് കാണാവുന്ന ഒരു ദൃശ്യപദാർത്ഥം പോലെ അല്ലാതെ അനുപമിതം ദേശകാലാവധി കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം സദാ മുക്തമായ വസ്തു നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ശത സഹസ്രം ശതം എന്ന് വെച്ചാൽ നൂറ് സഹസ്രം എന്ന് വെച്ചാൽ ആയിരം നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് വേദവാക്യങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നതും പ്രകാശിപ്പിക്കപ്പെടുന്നതും പ്രകാശിപ്പിക്കാതിരിക്കുന്നതുമായ വസ്തു എങ്ങനെ വേണമെങ്കിൽ അർത്ഥം പറയാം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം നൂറ്റിക്കണക്കിന് വേദവാക്യങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ഉപനിഷത് വാക്യങ്ങൾ കൊണ്ടും ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം അതൊക്കെ പഠിച്ചാലും സ്പഷ്ടമാവണില്ല പിന്നെ ഇപ്പൊ സ്പഷ്ടമാവും ദൃഷ്ടമാത്രേ ഭഗവാന്റെ കൃപ ഇങ്ങടെ ഉൾപ്പെടുമ്പോ ഇത് തന്നെയാണ് ഉപനിഷത്തും പറയുന്നത് തമേവൈക്കം നായമാത്മാ പ്രവചനേന ലഭ്യ മേധയാ നഹുനാശ്രുതേന യമൈവൈഷ്ണുന ലഭ്യ ഈ ആത്മാ ആരെ വരിക്കണോ അവർക്ക് സ്വയമേവ പ്രകാശിപ്പിച്ചു കൊടുക്കണോ ആത്മാ ആരെ വരിക്കണോ അവർ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കണോന്ന് അപ്പൊ ചിലർക്ക് സംശയം വരും അപ്പൊ ഇവിടെ സ്വപ്രയത്നത്തിന് സ്ഥലമേ ഇല്ലേ സ്വപ്രയത്നത്തിന് ഇവിടെ യാതൊരു സ്ഥലം എന്ന് സ്വീകരിച്ചാൽ തന്നെ എന്തൊക്കെ നടക്കണമോ അതൊക്കെ നടക്കും ഈ അഹങ്കാരത്തിന്റെ പ്രാബല്യം അവിടുന്ന് പോയാൽ തന്നെ നമുക്ക് കാണാം ഒന്നും നമ്മൾ ചെയ്യണില്ല ഒക്കെ നടക്കുക അപ്പൊ ഭഗവാന്റെ കൃപാശക്തിയുടെ ഒഴുക്ക് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അസ്പഷ്ടം ദൃഷ്ടമാത്രേ നമ്മളുടെ പ്രയത്നം കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ ശ്രമിച്ചാൽ അസ്പഷ്ടം പക്ഷേ ഭഗവാന്റെ കൃപയ്ക്ക് വഴങ്ങിയാൽ ആ ദൃഷ്ടമാത്രേ എന്നുള്ളതിന് കൃപ എന്ന് വേണം അർത്ഥം പറയാം ഭഗവത് കൃപയുണ്ടെങ്കിൽ ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം പുരുഷാർത്ഥാത്മകം എന്ന് വെച്ചാൽ അനേക പുരുഷാർത്ഥങ്ങളുണ്ട് ഭാഗവതം ആരംഭിച്ചപ്പോഴേ സൂത മഹാമുനി പറഞ്ഞു ധർമ്മം അർത്ഥം കാമം ഇതൊന്നും പുരുഷാർത്ഥമേ അല്ല എന്നുള്ളു പരമപുരുഷാർത്ഥമായ മോക്ഷമൊന്നു മാത്രമാണ് പുരുഷാർത്ഥം ആ മോക്ഷത്തിന് എന്ത് വേണം ജീവൻ തത്വജിജ്ഞാസ ഉണ്ടാവണം പരമാത്മതത്വത്തിനെ അറിയണം എന്നുള്ള തത്വജിജ്ഞാസ ഉണ്ടാവണം വദന്തിതത്വവിദ തത്വം യജ്ഞാനദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ആ ബ്രഹ്മത്തിനെ ആ പരമാ ജ്ഞാനം രണ്ടില്ലാത്തതായ ജ്ഞാനസ്വരൂപമായ ആ ബ്രഹ്മം എന്ന് പറയണു ഭഗവാൻ എന്ന് പറയണു പരമാത്മ എന്ന് പറയണു ആ പരമാത്മാവിനെ ഭഗവാനെ ബ്രഹ്മത്തിന് ജ്ഞാനസ്വരൂപമായ വസ്തുവിനെ അറിയണം എന്നുള്ള തീവ്രമായ വിശപ്പ് ദാഹം എന്നുവെച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് എങ്ങനെ വരണമോ അത് അത്രയെങ്കിലും വരണം ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി അല്ല ഉള്ളിൽ മുമുക്ഷുത്വം അങ്ങനെ ആ തത്വജിജ്ഞാസ പ്രയോജനപ്പെടും അത് ബ്രഹ്മ തത്വത്തിനെ പ്രകാശിപ്പിക്കും പക്ഷെ ഇവിടെ പറയണത് ഊരുപുരുഷാർത്ഥാത്മകം എന്ന് പറഞ്ഞു ഇവിടെ ഉരുപുരുഷാർത്ഥം എന്താന്ന് വെച്ചാൽ തത്വജ്ഞാനം ഏർപ്പെട്ട ശേഷവും ഭഗവാന്റെ കൃപയെ അനുഭവിച്ച് കൃപയുടെ മഹത്വം അറിഞ്ഞ് സർവചരാചരങ്ങളും ഭഗവത് സ്വരൂപം എന്ത് എന്ന് കണ്ട് തത്വജ്ഞാനം വേറെ ജീവൻമുക്തി വേറെ തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വമൊക്കെ അറിഞ്ഞു ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ അറിയാം മനസ്സിലായിട്ടുണ്ട് ഉറപ്പുണ്ട് ദുഃഖിക്കൊന്നുമില്ല ജീവിതത്തിൽ സുഖ ദുഃഖങ്ങളൊക്കെ സമമായിട്ട് കാണും പക്ഷെ സദാ ആനന്ദം അനുഭവിക്കുക എന്നുള്ളതില്ല അപ്പൊ തത്വജ്ഞാനികളായിട്ട് പലരെയും നമുക്ക് കാണാം ലോകത്തില് ബുദ്ധി കൊണ്ട് നല്ല ഉറപ്പുണ്ട് വിഷമിക്കില്ല ഇനി ദുഃഖം സുഖമൊക്കെ സമമായിട്ട് കാണാനും കഴിയും പക്ഷെ അവർക്ക് ഇനിയും ആ ആനന്ദ ലഹരി ആ ആനന്ദ ലഹരി ഏർപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് അതായത് മനസ്സിന്റെ അംശമേ ഇല്ല അവിടെ പരമാനന്ദ അനുഭൂതിയേ ഉള്ളൂ അതിനെ തന്നെയാണ് ഭാഗവതം പരാഭക്തി എന്നും പറയണത് പരാഭക്തി തന്നെയാണ് ജീവൻമുക്തി ജീവൻമുക്തി തന്നെയാണ് പരാഭക്തി അതായത് തത്വജ്ഞാനത്തിൽ നല്ല ഉറപ്പ് വന്നു കഴിഞ്ഞു ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണ് സർവഭൂതേഷു യശ്ചേത്ത് ഭഗവത്ഭാവം ആത്മനഹ സർവഭൂതങ്ങളും ഭഗവാന്റെ സ്വരൂപം കാണുന്നിടത്തൊക്കെ ഭഗവാനെ കണ്ടുകൊണ്ട് കാണുമ്പോ കാണുമ്പോ ആനന്ദം എന്തിനെ കണ്ടാൽ ആകാശത്തിനെ കണ്ടാൽ ആനന്ദം വൃക്ഷത്തിനെ കണ്ടാൽ ആനന്ദം നദിയെ കണ്ടാൽ ആനന്ദം മണ്ണിനെ കണ്ടാൽ ആനന്ദം കല്ലിനെ കണ്ടാൽ ആനന്ദം എന്ത് വസ്തുവിനെ കാണുമ്പോഴും അതിന്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന വസ്തു ആ ആത്മാവിനെ കാണുന്നു സദാ അനുഭവിക്കുന്നു ആത്മാരാമന്മാരുടെ അനുഭൂതിയാണ് ഭക്തി പരമകാഷ്ഠ പ്രേമത്തിന്റെ പരമകാഷ്ഠ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുന്ന ആ ഭക്തിയെ ഉരുപുരുഷാർത്ഥാത്മകം എന്ന് പറഞ്ഞു പരമപുരുഷാർത്ഥം അത് സദ്ഗുരുവിന്റെ സന്നിധിയിൽ അതാണ് ഗുരുപവന പുരാധീശം നമുക്ക് ഗുരുവിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കേ വേണ്ട എവിടെ ഗുരു ആരു ഗുരു എന്ന് പറഞ്ഞ് അര കുറയായിട്ട് ആരുടെങ്കിലും പോയി കുടുങ്ങാതിരിക്കാൻ ഗുരുവായൂരപ്പനെ തന്നെ ഗുരുവായിട്ട് എടുക്കാം അവിടെ ഇവിടെയൊക്കെ പോയി കുടുങ്ങാതിരിക്കാൻ അചക്ഷുരന്ധസ് യഥാഗ്രണീഹീകൃത എന്ന് ഭാഗവതം തന്നെ കണ്ണില്ലാത്തവനെ കണ്ണി വഴി കാണി ഗുരുവിടം പോലെ പെട്ടുപോവാതിരിക്കാൻ ഗുരുഭവന ഗുരുവിന്റെ ലക്ഷണം എന്താ ജീവൻമുക്തനായ സദ്ഗുരുവിന്റെ ലക്ഷണം എന്താ ഒരു ഗുരുവിനെ കിട്ടിയാൽ എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ ഗുരുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ തന്നെ ശിഷ്യന് ബ്രഹ്മം എന്താണ് എന്ന് പ്രകാശിക്കും ഇപ്പൊ ഗുരു അങ്ങനെയുള്ള ഗുരു എവിടെ കൊണ്ട് ആ മനുഷ്യഗുരുവിനെ ഒന്നും അന്വേഷിക്കേണ്ട ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാം അവിടെ ചെന്ന് നിന്നാൽ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താപദ്ഭാതി പുരുഷാർത്ഥം പരമപുരുഷാർത്ഥമായ ബ്രഹ്മതത്വം ഭഗവാന്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ അതേപോലെ പ്രകാശിക്കും തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരം ഹന്തഭാഗ്യം ജനാനാം ആ ഗുരുഭവനപുരത്തിൽ കണ്ടാൽ ക്രമേണ ഈ ഗുരുഭവനപുരത്തിലാകും കാശിയെക്കുറിച്ച് ആചാര്യസ്വാമികളൊരു സ്തോത്രം കാശ്യാം ഹി കാശതേ കാശി കാശി സർവപ്രകാശിക സാ കാശി വിധിതായേന തേനപ്രാപ്തായി കാശിക അർത്ഥം എന്താന്ന് വെച്ചാൽ കാശിയിൽ കാശി പ്രകാശിക്കണു ആ കാശി പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു പ്രകഞ്ച പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ കാശിയെ ആര് കണ്ടെത്തിയോ അവരെ കാശിക്ക് പോയിട്ടുള്ളൂ എന്ന് അവർക്കാണ് കാശിയുടെ മഹത്വം അറിയാം എന്ന് വെച്ചാൽ കാശി എന്ന് വെച്ചാൽ അവിടെ പറയണത് ആത്മാവനെയാണ് പറയണത് ശരീരം എന്ന് പറയുന്ന വാരാണസിയിൽ ആത്മാവാകുന്ന ശിവനെ കണ്ടാൽ അവന് പുറമെയുള്ള ഈ കാശിയുടെ മഹത്വം മനസ്സിലാവും പുറമെയുള്ള കാശിയിൽ പോയി ഇരിക്കണവന് ഉള്ളിലുള്ള കാശി പ്രകാശിക്കാൻ എളുപ്പമുണ്ട് അതേപോലെ പുറമെയുള്ള ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ പോയി ഇരുന്നാൽ ഉള്ളിലുള്ള ഗുരുവായൂരപ്പൻ പ്രകാശിക്കും ഉള്ളിലുള്ള ഗുരുവായൂരപ്പനെ ആര് കണ്ടിരിക്കണമോ അവർക്ക് ഈ പുറമെയുള്ള ഗുരുവായൂരപ്പന്റെ വൈഭവം എന്താണെന്ന് മനസ്സിലാവും രണ്ടുകൊണ്ട് അപ്പൊ ഗുരുപവനപുരം എന്ന് വെച്ചാൽ ഈ ശരീരത്തിലെ ആത്മാവായ ഗുരുവുമുണ്ട് പവനനും ഉണ്ട് വായുവുണ്ട് അല്ലെ ഉള്ളിലേക്കും പുറത്തേക്കും വായു പോയി വന്നും കൊണ്ടിരിക്കുന്നു പ്രാണൻ ഉള്ളിലേക്ക് പോകണു അപാനം പുറത്തേക്ക് വരണു അത് പവനൻ അതിൻ്റെ ഉള്ളിൽ ഗുരുവാരാണ് ആത്മാവാണ് ഗുരു ആത്മാവേ ഗുരുവായിട്ട് ഇരിക്കണു ഈ ശരീരമേ ഒരു ഗുരുപവനപുരം അതിനകത്ത് അധീശനായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഗുരുഭവനപുര ആധീശം ഏവ ആശ്രയാമ കയ്യിൽ കിട്ടിയ വസ്തുവാണ് ആത്മാവനെ എവിടെ തെരഞ്ഞു നടക്കണം കയ്യിലൊരു വസ്തുവിന് വെച്ച് ലോകം മുഴുവൻ അറിഞ്ഞ് നടക്കണത് വിഢ്യതയല്ലേ അപ്പൊ ഏറ്റവും അടുത്തുള്ള വസ്തു ഇനി അടുക്കാൻ പറ്റാതെ അടുത്തിരിക്കുന്ന വസ്തുവാണ് ആത്മാ ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യതന്യ തന്വാചാധിയാ ഭജതി ബദജനാ ക്ഷുദ്രദൈവസ്ഫുടേയം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു അർജുന ഈ ക്ഷുദ്രമായ ദൗർബല്യം ക്ഷുദ്രത എന്ന് വെച്ചാൽ എന്താ അർത്ഥം വീട്ടിൽ ധാരാളം പണം വെച്ചിട്ടേ പിന്നെ ഈ അരക്കാശിന് വേണ്ടി തണ്ടി നടക്കുന്നതിനാണ് ക്ഷുദ്രത എന്ന് പറയുന്നത് ധാരാളം ഉണ്ടാവും പണം ധാരാളം ഉണ്ടാവും ധാരാളം പണം വീട്ടിൽ വെച്ചിട്ട് പിന്നെയും അഞ്ചു പൈസ പത്ത് പൈസ കണക്ക് നോക്കിക്കൊണ്ടിരിക്കും അതാണ് ക്ഷുദ്രത അതുപോലെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ സർവ ആനന്ദമൂർത്തിയായിട്ട് ഭഗവാൻ ഇവിടെ ഇരിക്കുമ്പോ അതിനെ വിട്ടിട്ട് എവിടെ കിട്ടും എവിടെ കിട്ടും ലോകത്തിലുള്ള വസ്തുക്കളുടെ ഒക്കെ പുറകെ അലഞ്ഞു നടക്കണമല്ലോ ക്ഷുദ്രദൈവസ്ഫുട്ടേ കഷ്ട ഇത്രയും ആനന്ദം ഉണ്ടായിരുന്നിട്ട് സ്വഗൃഹെ പായസം തക്ത ഭിക്ഷാമട്ടത്തി ദുർമത്തി ചെയ്തു പായസം വെച്ച് ശാപ്പാട് ഇയാൾ നാട്ടിൽ ഭിക്ഷ എടുത്ത് നടക്കണം അപ്പൊ അതുപോലെ ഭഗവാനെ ഇവിടെ കിട്ടിയിട്ട് പരമാനന്ദം കിട്ടിയിട്ട് ഗുരുവായൂരിലെ ചിലപ്പോ ഉണ്ടാവും പക്ഷെ അങ്ങോട്ടൊന്നും പോവില്ല അങ്ങോട്ടൊന്നും പോവില്ല ഞങ്ങൾ വ്യാപാരം പണം ഉണ്ടാക്കൽ കാശുണ്ടാക്കല് ബാങ്ക് ഡെപ്പോസിറ്റ് ഷെയർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കും അതിലേ മനസ്സ് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ക്ഷുദ്രദൈവ അവരെയാണ് ഭട്ടതിരിയോട് പറയണത് ഏവം ദുർലഭ്യ വസ്തുന്യൂ ആർക്കും കിട്ടാത്ത എല്ലാവർക്കും വേണ്ടത് ആനന്ദം വേണം അല്ലെ തൃപ്തി വേണം പൂർണ്ണമായ ശാന്തി വേണം അതെവിടുന്ന് കിട്ടും ഭഗവാന്റെ അടുത്തു നിന്നല്ലാതെ വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല എന്നാൽ ഭഗവാനെ കിട്ടിയ എളുപ്പമാണോ ഇത്ര എളുപ്പമായിട്ട് വേറെ ഒരു വസ്തുല്ല ഭഗവാനൊക്കെ തയ്യാറാവരാനായിട്ട് ആരും ഭഗവാനെ വിളിക്കുന്നില്ല മഹാഭാരതത്തിലോ മറ്റുമുള്ള കഥയാണ് ഭാഗവതത്തിലൊക്കെ ജനമേജയന്റെ ജന്മത്തിനുള്ളിൽ കൃഷ്ണൻ തിരോധാനമായി പക്ഷെ മറ്റൊരു സ്ഥലത്ത് ജനമേജയൻ കൃഷ്ണനോട് ചോദിച്ചു അത്ര കൃഷ്ണ നീ സർവശക്തനാണ് സർവജ്ഞനാണ് എന്നിട്ടും എന്റെ മുത്തശ്ശിയെ എന്തിനാ ആ മുതുമുത്തശ്ശി ആ കുരുസഭയിലിട്ട് വസ്ത്രാക്ഷേപം ചെയ്യും അത്ര നേരം എന്തുകൊണ്ട് കാത്തുകൊണ്ടിരുന്നു ഭഗവാൻ പറഞ്ഞു ജനമേജയനോട് ജനമേചയ ഞാൻ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല എല്ലാവർക്കും അവരവരിലാണ് വിശ്വാസം ഒരാൾക്കും എന്റെ അടുത്ത് വിശ്വാസമൊന്നും പോരാ ഇതൊക്കെ പറയുന്നല്ല അത് വിശ്വാസമൊന്നും പോരാ ഈ എന്റെ മുത്തശ്ശനുണ്ടല്ലോ ധർമ്മപുത്രരര് അദ്ദേഹത്തിന് എന്നിലൊന്നും വിശ്വാസമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ധർമ്മം അത് കാക്കുമെന്നാണ് വിശ്വാസം എന്നാ ധർമ്മം കാക്ക എന്ന് വെച്ചാൽ ആ ധർമ്മത്തിനെ അറിഞ്ഞു ചെയ്യണം അതൊട്ട് ചെയ്തു ഇല്ലേ ചൂത് കളിക്കണത് ധർമ്മമാണെന്ന് ഇയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തു തനീ വങ്കത്തരം കാണിച്ചു വിഡിത്തം കാണിച്ചു ചൂത് കളിക്കണത് ധർമ്മമാണെന്ന് ഇയാൾ ഒരു കൽപ്പനയുണ്ടാക്കി റോട്ടില് വലതുവശത്തുകൂടെ നടക്കണം എന്നുള്ളത് നിയമ വ്യവഹാരത്തിന് വേണ്ടി അത് ധർമ്മശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അത് സൗകര്യത്തിന് വേണ്ടി അതേപോലെ രാജാക്കന്മാർക്ക് ഒരു രസത്തിന് വേണ്ടി ചൂത് കളിയെന്ന് വെച്ചു അതിന് ധർമ്മമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുഴുവൻ നഷ്ടപ്പെട്ടു മാത്രമല്ല ഇയാൾക്ക് ഞാനൊരു ചാൻസ് കൊടുത്തു അപ്പോഴും എന്താണെന്ന് വെച്ചാൽ ദുര്യോധനം പറഞ്ഞു എനിക്ക് ശരിക്കും കളിക്കാനറിയില്ല അതുകൊണ്ട് എന്റെ അമ്മാവൻ കളിക്കും എനിക്ക് പകരം എന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും ഈ ആൾക്ക് ഈ തന്റെ വിഡിത്വം മനസ്സിലാവണ്ടേ ദുര്യോധനൻ ശകുനിയെ കൊണ്ട് കളിപ്പിച്ചപ്പോ എന്നാൽ എനിക്ക് പകരം കൃഷ്ണൻ കളിക്കും എന്ന് പറയാൻ പാടില്ലേ ഞാൻ റെഡിയായിട്ട് ഇരിക്കായിരുന്നു എന്നാണ് ഒരേ ഒരു കായൽ കളി അവസാനിപ്പിക്കായിരുന്നു ഒരൊറ്റ കായൽ ഞാൻ കളി അവസാനിപ്പിക്കായിരുന്നു വിളിച്ചില്ല ഞാൻ തയ്യാറായിട്ടൊരു ട്ടയും കയ്യിൽ വെച്ചോണ്ടിരിക്കായിരുന്നു വിളിക്കും വിളിക്കുന്നു വിളിച്ചതേ ഇല്ല ഒരൊറ്റ ഏറെ വേണ്ടിയിരുന്നുള്ളൂ ഇവരെ കളി അവസാനിപ്പിക്കാൻ അപ്പോഴൊന്നും വിളിച്ചില്ല അപ്പൊ തന്റെ അഹങ്കാരം താൻ കളിക്കും താൻ കളിച്ച് ജയിക്കും തോറ്റാലും തോറ്റാലും തന്നിൽ വിശ്വാസം അപ്പോഴൊന്നും വിട്ടുകൊടുത്തില്ല അതും കഴിഞ്ഞിട്ട് പോട്ടെ എന്റെ മുത്തശ്ശിക്കെങ്കിലും ആദ്യമേ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ഈ വസ്ത്രത്തിൽ തൊടുകയില്ലായിരുന്നു പക്ഷെ അവൾക്ക് അവളുടെ പാതിവൃത്യത്തിലാണോ വിശ്വാസം ഭഗവാൻ പറഞ്ഞു അത്രേ ജനമേദ്യനോട് പാതിവൃത്യത്തിൽ വേണം പക്ഷെ വിശ്വാസം ഭഗവാന്റെ അടുത്താണ് തന്റെ പാതിവൃത്യത്തിനെ തന്നെ കൊണ്ട് രക്ഷിക്കും ഒരിക്കലും പറ്റില്ല ഭഗവാന്റെ കൃപ കൊണ്ട് രക്ഷപ്പെടുന്നു വിശ്വസിക്കണം അതിനു പകരം രക്ഷിക്കുന്നു അവസാനം അത് തന്റെ ഭർത്താക്കന്മാരെ സകല പേരോട് യാചിച്ച ശേഷമാണ് കൃഷ്ണകൃഷ്ണ മഹായോഗി എന്ന് വിളിച്ചത് അപ്പൊ ഞാൻ എത്ര നേരം കാത്തിരുന്നിട്ട് എന്ത് കാര്യം ഇവര് വിളിക്കണ്ടേ വിളിക്കാത്തടുത്ത് പോകരുത് വിളിച്ചെടുത്ത് പോയാലേ ചിലപ്പോ വേണ്ടെന്ന് പറയും വിളിക്കാത്തടത്ത് പോവുകയല്ല പോവുകയായിരിക്കും അപ്പോം ദുർലഭ്യവസ്തു അതി സുലഭതയാ സുലഭമായിട്ടുണ്ടെങ്കിലും ആശ്രയിക്കില്ലാന്ന് എത്ര സുലഭമായിട്ടുണ്ടെങ്കിലും ഭഗവാൻ ഒരു പേര് വിഷ്ണു സഹസ്രനാമത്തിലെ സുലഭാന്നാണ് ഒരു പേര് ഭഗവാൻ കഷ്ടാണെന്ന് പറഞ്ഞാൽ ശരിയാവും സുലഭ സുഹൃത സിദ്ധ ശത്രുജിത് ശത്രുതനഹ സുലഭാന്ന് ഒരു പേര് ഭഗവാൻ സുലഭമായ വസ്തു ഇത്ര സുലഭമായി വേറെ ഒന്നുമില്ല ആരക്കാശ് ചെലവില്ല ഒരു പ്രയത്നം വേണ്ട ചുമ്മാ ഇരുന്നാ മതി വെറുതെ ഇരുന്നാ കിട്ടണ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഭഗവാൻ പക്ഷെ പ്രവർത്തിച്ചാ കിട്ടില്ല അതാണ് ഒരു വിഷമം നമുക്ക് ഈ പ്രവൃത്തി സൂക്കെടുപിടിച്ചിരിക്കണം പ്രവർത്തിക്കാതെ വയ്യ ഈ വെറുതെ ഇരിക്കുന്നതിന് പേരാണ് മെഡിറ്റേഷൻ എന്നാണ് ഒരാൾ പറഞ്ഞു സന്യാസിയുടെ അടുത്ത് പോയിട്ട് സ്വാമി മകൻ ഒന്നും ചെയ്യണില്ല ഈ ഡൂയിങ് നത്തിങ് കൊറേ കാലമായിട്ടോ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം മകനെ കൊണ്ടുവന്നതാ മകന് കുറച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ കുറച്ച് കഴിഞ്ഞു വന്നപ്പോ അച്ഛൻ വന്നു പറഞ്ഞു ഇപ്പൊ വേണ്ടില്ല മകൻ കുറെ ആളുകളുടെ കൂട്ടമായിട്ട് ചേർന്ന് നിന്നത് ധ്യാനിക്കുന്നുണ്ടെന്ന് അപ്പൊ ആ സ്വാമി പറഞ്ഞു അത്ര ഇത്ര കാലം അവൻ തനിയെ വെറുതെ ഇരിക്കായിരുന്നു കൂട്ടമായിട്ട് വെറുതെ ഇരിക്കണം ധ്യാനിക്കാന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ വെറുതെ വെറുതെ ഇരിക്കലാണ് സുമ്മ ഇരിക്കൽ തന്നെയാണ് അധ്യാനം ഭഗവാനെ ശരണാഗതി ചെയ്യുമ്പോൾ കർത്തൃത്വം പോകണം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം പോകണത്തിനാണ് വെറുതെ ഇരിക്കൽ എന്ന് പറയുന്നത് അല്ലാതെ ബാഹ്യമായ പ്രവൃത്തിയില്ലായ്മയല്ല ബാഹ്യമായ പ്രവൃത്തി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളിലൊന്നും ഞാൻ ചെയ്യണില്ല ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം അപ്പോ ദുർലഭ്യമായ വസ്തു കയ്യിൽ കിട്ടിയിട്ട് തന്വാവാചാധിയാവ ശരീരം കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് തനു വാക്ക് ധി തനു എന്ന് വെച്ചാൽ ശരീരം വാക്ക് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ ധി എന്ന് വെച്ചാൽ മനസ്സ് ബുദ്ധി ഈ മൂന്ന് ഇതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുക ത്രികരണങ്ങൾ ഇന്ദ്രിയം മനസ്സ് ശരീരം ഈ മൂന്നും കൊണ്ട് എന്ത് ചെയ്താലും ഭഗവാനെ കിട്ടില്ല ഈ മൂന്നും എപ്പോ അടങ്ങണമോ അപ്പൊ പ്രകാശിക്കുന്ന വസ്തുവാണ് ഭഗവാൻ ഉപനിഷത്ത് പറയണു യഥാ പഞ്ചാവതിഷ്ഠന്ദേ ജ്ഞാനി മനസാസഹ ബുദ്ധിശ്ചന വിചേഷ്ഠ തമാഹു പരമാംഗതിം താമാഹു പരമാംഗതിം ഈ അഞ്ചു ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ചേഷ്ടൊക്കെ വിട്ട് അടങ്ങിയിരിക്കുമ്പോ ഭഗവാൻ പ്രകാശിക്കും ഇവനെന്ത് ചെയ്യണു അങ്ങനെയുള്ള സുലഭമായ വസ്തുവിനെ വിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് സദാ ലോകത്തിൽ ഏടാകൂടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ക്ഷുദ്രദൈവസ്ഫുട്ടേയം ഇതിനേക്കാളും വിഡിത്തം വേറെ എന്തുകൊണ്ട് കഷ്ടം ഇത്ര സുലഭമായ പരമാനന്ദ വസ്തു അടുത്തുണ്ടായി എന്നിട്ട് മനുഷ്യനിങ്ങനെ പുറമേക്ക് അലഞ്ഞുകൊണ്ടേ ഇരിക്കണമല്ലോ തെണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കണമല്ലോ അത് ഏതെന്ന് പറഞ്ഞ് അലയണമല്ലോ അടുത്തുണ്ട് ഏറ്റവും അടുത്ത ഉള്ളിലുണ്ട് പുറമേക്ക് വിഷമിക്കൊന്നും വേണ്ട ഹൃദയത്തിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി ഭഗവാനെ അമ്പലത്തിൽ ഭജിക്കണു ഗുരുവായൂരപ്പൻ അങ്ങനെ നോക്കണു ഗുരുവായൂരപ്പൻ അവസാനം ഉള്ളിൽ തിരിച്ചുവിടും ഉള്ളിലുള്ള ഗുരുവായൂരപ്പനെ കാണിച്ചത് ക്ഷുദ്രദൈവസ്ഫുടേയും ഭജതി പതജന ക്ഷുദ്രദൈവസ്ഫുടേയും ഭജതി പറഞ്ഞു എന്നുവെച്ചാൽ ഭഗവാൻ ഹൃദയസ്ഥനായ ആത്മാവായി സാന്ദ്രാനന്ദ അവബോധമായിരുന്നിട്ടും പുറമേക്ക് മുഴുവണൂന്ന് വന്ന് അവിടെ ഇവിടെയൊക്കെ ഓടിനടക്കും ഒരു സിദ്ധന് ഒരു പാട്ടിൽ പറഞ്ഞു ഒരാൾ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉള്ളവരുടെ ഒക്കെ രാഗം ദ്വേഷം ചീത്ത വിളിക്കും നാട്ടുകാരെയൊക്കെ പറയും എന്നിട്ട് രാവിലെ എണീറ്റാ ഒരു ആലുമരത്തിന്റെ ചോട്ടിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ഗണപതിയോ എന്തോ അതിന്റെ ചുറ്റും വന്നിട്ടുള്ള മന്ത്രമൊക്കെ പറഞ്ഞു നാലുപേര് നോക്കുണ്ടോ നോക്കിയിട്ട് മുണു മുണു മുണമുണോ എന്തൊക്കെയോ മന്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണ വെച്ചുകൊണ്ടേ ഇരിക്കുക അത്രയും ഈ സിദ്ധര് കുറേ ദിവസമായി കാണുന്നുണ്ട് ഇയാളിങ്ങനെ ആളുകളോടൊക്കെ രാഗദ്വേഷം ഇവിടെ വന്നിട്ട് മരത്തിന് ചുറ്റും മുടുമുണമൊന്നും വന്ന് നടക്കാം മന്ത്രജപം അപ്പൊ സിദ്ധർ പറഞ്ഞു ഇയാളോട് പറഞ്ഞു നട്ടക്കല്ല് പേശുമാ നാഥനുള്ളിരുക്കയിൽ ു മുണുമുണൂനു ചൊല്ലും മന്ത്രമേധട നാഥൻ ഉള്ളിരിക്കയിൽ ഭഗവാൻ ഹൃദയത്തിൽ ആത്മാവായി സദാ പ്രകാശിച്ചിരിക്കണോ അങ്ങോട്ട് നോക്കുകയില്ല നട്ടക്കല്ലു പേശുമാ നാഥനുള്ളിരുക്കയിൽ ശുത്തിവന്തു മുണു മുണൂന്ന് ചൊല്ലും മന്ത്രമേധടാ എന്തോ മുണുമുണൂന്ന് വന്നി എന്തോ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ ഉള്ളിലിരിക്കണ ഭഗവാനെ കാണാതെ ഭഗവത് സ്വരൂപം അറിയാതെ ഈ അലഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം അപ്പോ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു ഭജതി പതജനഹാ ക്ഷുദ്രദൈവസ്ഫുടേയം എന്ന നമ്മളോ നമ്മൾ മെച്ചമുണ്ടോ എന്ന് വെച്ചാൽ ഭട്ടവരി പറഞ്ഞു ഞങ്ങൾ ഇനി തീരുമാനിച്ചു ഏതേ സ്ഥിരതര മനസാ വിശ്വപീഡാബത്യം നിശേഷ ആത്മാനമേനം ഗുരുപവന പുരാധീശമേവ ആശ്രയാ ഏതേ താവത്വയം ഇനി മുതൽ ഇപ്പോ ഏതേ ഞങ്ങളാവട്ടെ സ്ഥിരതര മനസ സ്ഥിരമായ മനസ്സോടുകൂടെ ഇനി മനസ്സങ്ങടും ഇങ്ങോട്ട് ചാപല്ല ഒന്നുമില്ല കഴിഞ്ഞു ബാക്കിയൊക്കെ അവസാനിപ്പിച്ചു ഗുരുവായൂർ പോയാൽ നേരെ ഗുരുവായൂർ പിന്നെ ദർശിക്കണം വളയും മാലയും മോതിരവും വാങ്ങിക്കൊണ്ട് നടക്കരുത് അതൊക്കെ മതി ഏതേ താപദ്ഭയം തുസ്ഥിര മനസപീഠാ വിശ്വപീഠ എന്ന് ഈ താപത്രയ ഉന്മൂലനം തന്നെ അത് മൂന്ന് താപങ്ങളും ഇല്ലാതാക്കാനായിട്ടും വിശ്വത്തിന്റെ മുഴുവൻ പീഡ വിശ്വത്തിനെ മുഴുവൻ സുഖമായി വയ്ക്കാൻ എന്താ വഴി എന്ന് വെച്ചാൽ താൻ സുഖമായാ മതി താനാണ് വിശ്വ അവനവൻ തന്നെ അവനവൻ അവനവനിൽ ശാന്തി കണ്ടെത്തിയാൽ ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടായി അല്ലാതെ ലോകത്തിന് മുഴുവൻ ശാന്തി ആർക്കും ഒരു കാലത്ത് ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യത അവനവന്റെ ഉള്ളിൽ ശാന്തി ഉണ്ടോ പ്രപഞ്ചം മുഴുവൻ സർവസുഖമയാ ദിശ ഭഗവതം പറയണ ആർക്കും ഉള്ളിൽ സുഖം ശാന്തി ഉണ്ടോ അവരെ സുഖമായിരിക്കും പ്രപഞ്ചം മുഴുവൻ അപ്പോ വിശ്വപീഡാപഹത്തി ലോകത്തിന്റെ പീഡം മുഴുവൻ ഇല്ലാതാവാൻ എന്തു വേണം സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്തി നിശേഷ ആത്മാനം പ്രപഞ്ചത്തിന് മുഴുവൻ ഒരാത്മാവേ ഉള്ളു ബ്രഹ്മം ആ ബ്രഹ്മമാണ് ആത്മാവ് ആത്മാവോടുകൂടിയ ശരീരത്തിന് അംഗങ്ങളൊക്കെ ഉള്ള പോലെ അനേക ദേവതകളുണ്ട് ആ ദേവതകളെയൊക്കെ ഭജിച്ചാൽ ദേവതാസ്ഥാനങ്ങളിൽ പോയി ഇരിക്കാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാമ പി ഭഗവാൻ ഗീതയിൽ പറയണു ദേവനെ ഭജിച്ചാൽ ദേവലോകത്തിൽ പോവാം ബ്രഹ്മത്തിനെ ഭജിച്ചാൽ ബ്രഹ്മാനുഭവം ഉണ്ടാവും അവിടെ മാം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നർത്ഥം ബ്രഹ്മം എന്നറിഞ്ഞു ഭജിച്ചാൽ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപം എന്ന് അറിഞ്ഞു ഭജിച്ചാൽ ആത്മോ എന്ന് അറിഞ്ഞു ഭജിച്ചാൽ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞു ഭജിച്ചാൽ മുക്തി ഏതോ ഒരു ലോകത്തിലുള്ള ദേവത എന്ന് കരുതി അവിടെ എവിടെ ഭജിച്ചാൽ അതാത് ലോകത്തിൽ പോയി ചേർന്നിട്ട് തിരിച്ചു വരേണ്ടി വരും അപ്പൊ അത് വിട്ടിട്ട് നിശേഷ ആത്മാനം പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായി സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിലിരിക്കുന്ന ആത്മാവായ ഗുരുവായൂരപ്പന് ഏവ ആശ്രയാമഹാം ആശ്രയാമഹ പദം ഭാഗവതത്തില് പുരാണത്തിന് ദശലക്ഷണം പറയണു അതിൽ ദശലക്ഷണങ്ങളിൽ നിരോധം മുക്തി ആശ്രയം ഇതാണോ അവസാനത്തെ മൂന്ന് ദശമസ്കന്ധം കൃഷ്ണകഥ പറയുന്ന ഭഗവ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിന് നിരോധസ്കന്ധം എന്ന പേര് കൃഷ്ണകഥ കേട്ട് കേട്ട് അലഞ്ഞു നടക്കുന്ന മനസ്സങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കും അപ്പൊ നിരോധം ചിത്തവൃത്തി നിരോധം അടുത്തത് ഏകാദശത്തിൽ ജ്ഞാനം ബ്രഹ്മവിദ്യയാണ് ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ മുക്തിയാണ് മുക്തി വെച്ചാൽ എവിടെയെങ്കിലും സ്വർഗത്തിലോ അവിടെയോ എവിടെയോ പോവല്ലല്ല മുക്തി എന്ന് വെച്ചാൽ ഈ ശരീരത്തിലുള്ളപ്പോ തന്നെ പരമാത്മതത്വം നിശ്ചയിച്ച് അനുഭവിച്ച് അറിഞ്ഞവൻ മുക്തൻ അതാണ് തത്വജ്ഞാനി എന്ന് പറഞ്ഞത് എന്നിട്ട് ദ്വാദശസ്കന്ധത്തിന് ആശ്രയസ്കന്ധം എന്നാണ് പേര് മുക്തിയും അറിഞ്ഞനുഭവിച്ചു കഴിഞ്ഞ് ബ്രഹ്മാനുഭവം ഏർപ്പെട്ടിട്ടും വ്യവഹാര തലത്തിൽ സർവേശ്വരനെ ആശ്രയിച്ചു കൊണ്ട് ശരണാഗതി ഭാവത്തോടുകൂടെ ആ ഭഗവാന്റെ ദാസനായിട്ടോ വത്സലനായിട്ടോ ഏതെങ്കിലും ഭാവത്തോടെ യന്ത്രയന്തി ഭഗവാനെ ആശ്രയിച്ചിരിക്കണു ആശ്രയം അപ്പൊ ലക്ഷ്യം എന്താണോ ആശ്രയം ആശ്രയിച്ചവൻ ജീവൻ മുക്തൻ ആര് സദാ ഭഗവാനെ ആശ്രയിച്ചിരിക്കണമോ അവൻ ജീവൻ മുക്തൻ ഗജേന്ദ്രന്റെ കഥയെ നമുക്കിത് കാണാം ഗജേന്ദ്രൻ തന്റെ ബലത്തിനെയോ ആശ്രയിച്ചിരിക്കുന്ന ആളുകളുടെ ബലത്തിനെയോ വിശ്വസിച്ചോണ്ടിരിക്കണടത്തോളം ഭഗവാൻ വന്നില്ല അപ്പൊ തന്റെ ബലവും പോയി മറ്റുള്ളവരുടെ ബലവും പോയോ അപ്പൊ ഭഗവാൻ വന്നു അതുപോലെ ആശ്രയം വരണം ആശ്രയം വന്നാൽ ആശ്രയം തന്റെ ശരീരത്തിനെയോ ശരീരത്തിന്റെ ബലത്തിനെയോ ദ്രവ്യത്തിന്റെ ബലത്തിനെയോ അറിവിന്റെ ബലത്തിനെയോ വെച്ചുകൊണ്ടിരുന്നാൽ സാധ്യമല്ല ഇത് മൂന്നു എപ്പവിട്ട് ഇതിനൊക്കെ ആശ്രയമായിട്ടുള്ള വസ്തുവിനെ കണ്ടെത്തുന്നു അപ്പ ആശ്രയം മുക്തി ഹി സ്വരൂപേണ അവസ്ഥിതി ആ സ്വരൂപത്തോടുകൂടി ഇരിക്കുന്നതാണ് മുക്തി ആ മുക്തിയും തത്വജ്ഞാനവും ഉണ്ടായ ശേഷവും ഭഗവാൻ ആശ്രയം സർവവും ഭഗവാൻ അർപ്പണം ചെയ്ത് ഭഗവാൻ കൂടെ നടന്ന് കൊണ്ടു നടക്കണം ഇതൊക്കെ നമുക്ക് അനുഭവിക്കണം അനുഭവിച്ചാലേ ഒക്കും ഇതൊക്കെ പരമസത്യമായിട്ട് നമുക്ക് അനുഭവിക്കാം വ്യക്തമായിട്ട് കാണാം അറിയാം കൂടെ ഭഗവാൻ നടക്കണമെന്ന് കാണാം ഭഗവാൻ ഓരോന്നും ചെയ്യണമെന്ന് കാണാം എല്ലാത്തിനും ഭഗവാൻ നമ്മളുടെ പുറകെ നടക്കുന്നത് കാണാം ഇതറിഞ്ഞിരിക്കണതാണ് ആശ്രയം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഹ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം